അന്തരാപാൻ താത്തപാവനമചന് വൈഭവം തം നരം വപുഷി गुरु മുഖേ गुरु കലം गुरु देवो ഗുരുവിഷ്ണു गुरु മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രംഹത്തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാതദേഹാ ദക്ഷിണമൂർത്തമധ്യം നീക്കരചരണഗോത്രം നൂത്രം നോ ജാതിർന വർണ്ണവതി പുരുഷോ നീ നകാരം നൈവാരം നി ജനിമരണം നാസ്തി പുണ്യം നാപം തം നോ തും സഹജ സമരസം സദ്ഗുരും തം നമു സദാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാസ്മദാര്യപര്യം വന്ദേ ഗുരുപരംപരാം മൗനവ്യകടം യുവാനം വർഷിട്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന് മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയേ ശാത്തവാദിന്ദ്രസംഗപീന്ദ്രവ്യ മോഹധ്വാന്തവാകരാ ഭഗവത്പിതിഭ്ര തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി यस्योर्मि അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിസ്ത് നാഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്ത ോഹം ഭാവയു കൂതോ വരധിയ ദൃഷ്ടനിാത്മന സോഹം സ്ഫൂർത്തിതയാരുണാചലശശിവൂർണോ വിഭാതി സ്വയം കരുണാൂർണസുധബ്ധേ കവളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാത്മൻ അരുണോഭവ ചിദ്ധകു വികസ ത്യ്യരുണാചലസം ഭൂസ് പ്രലീനമേതം ഹൃദ്യഹത്മതയാ ഭോ വൃദയം നാമ അഹമിതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപ്പം ശാമയരുണാചലത്യന ദീവാബ്ധൗ തയക്വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത പശ്യത്തിയോദീതിരുണാചലി മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതി സതതം ഭജത്തെ അനന്യീത്യാ സജയച്ചലത്യസുഖേമോണപ്രഭം സോമകലാവസം പാണിസ്ഫുരത് പഞ്ചലേക്ഷുചാ പ്രണപ്രിയം നൌമി പിന്നകേ കോണത്രയസ് കൂലദൈവം നഹം നമുലേഖാലകുന്തളാ ഭസണസുധാനദീ ചൂടോത്തം സിതുക്കലിഞ്ഞ്ജത് ശിഖാ ഭാസ്വരോ ലീലാദഗ്ധവിലോല കാമശലഭശ്രേയോ അഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിരപ്രാഗ്ഭാരുച്ഛാടയൻ ചേട്ട സദ്ഗി വിജയത്തെ ജാനപ്രദീപോഹര ശാരദാരോജവദുജേസ്മാക്കും സിധി സന്നിധി കിയാതി ചസമാന കാതാകാതിരാജസ്തു മൂക്കനമുറുധുക്കാശവാഗൈഭവം ശ്രീകാക്ഷീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സേകാ പുണ്യപരംപരാ പശുപത്തെ ആകാരണീ രാജത്തെ वाजमिमां യോന്ത് പ്രവിശ്യ മമ വാച പ്രസുപതാ സഞ്ജീവയ കിലശക്തിധരസ്വധാ भगवते പുരാണമോ ഭഗവത്തെ പുരുഷാ ദുഭ്യം पार्थाय ഓർയ പ്രതിബോധിത സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷണ ഭഗവത അഷ്ടാദാധ്യംബ അനുസധാധാ ഭഗവത്ഗീതീ നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലേത്ര ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപ്പന്നിജാ തോത്രവേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദുധാപനന്ദനം പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹതി വസുദസുതം ദം കംസാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാതമഹം വേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൺവതിയതൈ വേദസ്രമോപനിഷദൈർഗായം സാമഗാധ്യാസ് നമസാ പശ്യം യോഗിനോ യം നീസുരാഗണാ തസ്മൈ നമ പാർസാരഥിണ ശ്രാവി ശുഭം ഗിരം പാർയാർത്തിഹരോ ദഹമൂർത്തി നാം ഇന്നലെ ചൊല്ലിയ ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം ശ്രീഭഗവാൻ ഉവാച അഭയം സത്വസംശുദ്ധി ജ്ഞാനോവസ്ഥിതിമശ്ച യശ്ചസ്വാധ്യയസ്തപ ആർജവം ഗീതൈല പന്ത്രണ്ടാമധ്യത്തിലും പതിനെട്ടാം അധ്യായത്തിലും ഈ അധ്യായത്തിലുമൊക്കെ ഭഗവാൻ ചില ഗുണങ്ങളെ എടുത്തു പറയേണ്ട രാമാനുജാചാര്യർ ആത്മഗുണങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആ ഗുണങ്ങളെയാണ് അഭയം സത്വം എന്ന് ആരംഭിക്കണം അധ്യാത്മസാധനയ്ക്ക് മാർഗം ഏതായാലും ലക്ഷ്യം ഒന്നാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് നമ്മളെ അധികാരിയാക്കുന്ന ചില ലക്ഷണങ്ങൾ യോഗികൾ യമം നിയമം എന്ന് പറയും വേദാന്തികൾ സാധനാ സമ്പത്ത് എന്ന് പറയും ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യേശു സത്സ്വേവ സന്നിഷ്ഠ യഥാവേ ന വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടണില്ല ഇപ്പൊ ധാരാളം വേദാന്ത പുസ്തകമുണ്ട് കാസറ്റ് സി ഡി വീഡിയോ ധാരാളം സത്സംഗം എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും ലഭ്യമാണ് ഏത് പുസ്തകം വേണമെങ്കിലും ോഡ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം വിചാരിച്ച ഈ ഡൗൺലോഡ് എന്ന് എനിക്ക് ഈ കമ്പ്യൂട്ടർ അശേഷം വിവരമില്ല ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കായിരിക്കും ഞാൻ വിചാരിച്ചത് ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഏത് ഇൻഫർമേഷനും കമ്പ്യൂട്ടറിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമെന്നാണ് ലോകത്തിലെ എന്തൊക്കെ പുസ്തകം വേണോ എന്തൊക്കെ ശാസ്ത്രം വേണോ എന്തൊക്കെ അറിവുകൾ വേണോ ഏതൊക്കെ മഹാത്മാക്കളെക്കുറിച്ചോ ദുരാത്മാക്കളെക്കുറിച്ചോ ജ്ഞാനികളെക്കുറിച്ചോ അജ്ഞാനികളെക്കുറിച്ചോ സന്യാസികളെക്കുറിച്ചോ സംസാരികളെക്കുറിച്ചോ സകല വർത്തമാനവും വിരൽ തുമ്പിലുണ്ട് ഇത്രയൊക്കെ ഒക്കെ പഠിക്കാനുള്ള എളുപ്പണ്ടപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ശരിക്കും ഉപായം വളരെ ലളിതായതുകൊണ്ട് എല്ലാ എല്ലാ വഴികളിലും നമ്മൾ കാണുന്ന ആളുകൾ ശീഘരമേവ പോവാണ് മറ്റെല്ലാ ഫീൽഡിലും പണ്ടുള്ളതിനേക്കാളും ഒക്കെ എളുപ്പത്തിൽ പലതും പഠിച്ചുണ്ടാക്കുകയും കൊച്ചു കൊച്ചു കുട്ടികൾ പോലും കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്യുന്നു ചിലപ്പോഴൊക്കെ എനിക്ക് കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ അതൊക്കെ എടുത്തിട്ട് ഞാൻ കളിക്കുക എനിക്കാണെങ്കിൽ ഇതിന്റെ അശേഷം ഒന്നും പിടികിട്ടില്ല കഷ്ടിച്ച് ഗ്രൈൻഡറും കമ്പ്യൂട്ടറും കൂടെ ഇപ്പോഴാണ് വ്യത്യാസം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഏതായാലും അതൊക്കെ എത്ര സാമർത്ഥ്യത്തോടെ കുട്ടികളൊക്കെ പഠിച്ചെടുക്കണു എല്ലാം മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ സൗലഭ്യുണ്ടായിട്ടും എല്ലാം അവൈലബിൾ ആയിട്ടും അധ്യാത്മമാർഗത്തിൽ മാത്രം എന്തുകൊണ്ട് അത്ര കണ്ട് ഫലിച്ചു കാണണില്ലേ ആണ് നമ്മൾ പറയുന്ന രീതിയിൽ ഈ വിഷയം നമുക്ക് ഇൻഫർമേഷൻ കൊണ്ടും കൗശലത കൊണ്ടും ഒക്കെ കിട്ടേണ്ടതാണെങ്കിൽ തെരുവ് നിറയെ ജീവൻ മുക്തന്മാർ നടക്കേണ്ടതാണ് ഒക്കെ നടക്കേണ്ടതാണ് വളരെയധികം ഫുൾഫിൽമെന്റ് വരേണ്ട ഒരു കാലമാണ് നമുക്കിപ്പോ അധ്യാത്മമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് ധാരാളം ടെക്നിക്കും മെത്തേഡും മാർഗങ്ങളും ഒക്കെ പ്രചാരത്തിലുണ്ട് അതുകൊണ്ടൊക്കെ ജനങ്ങൾക്ക് കുറച്ച് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് ഒരു ഷോക്ക് അബ്സോർബർ പോലെ സത്സംഗമും യോഗ പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് സന്നിഷ്ഠ എന്നുള്ള ഒരു വാക്കാണ് ശങ്കരൻ ഉപയോഗിക്കുന്നത് സന്നിഷ്ഠ എന്ന് വെച്ചാൽ പൂർണമായും അതിൽ എസ്റ്റാബ്ലിഷ്ഡാവുക പൂർണ്ണമായും ഉള്ള ആ സ്വാതന്ത്ര്യം ശാന്തി ആനന്ദം സംതൃപ്തി കൃതകൃത്യത ഫുൾഫിൽമെന്റ് എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് ഫുൾഫിൽമെന്റ് എന്ന് വച്ചാൽ നിറഞ്ഞു യദ്വാ അപരം എം ലബ്വാച് അപരം ലാഭം മന്യത്തെ അധികം തഥ ഭഗവാൻ തന്നെ ഒരു നിർവചനം കൊടുത്തു എവിടെ എത്തിയാതാണോ അതിനേക്കാളും വലിയൊരു ലാഭം നേടാനില്ലാത്തത് യസ്മിൻ സ്ഥിത ഏതൊന്നിൽ ഇരുന്നാലാണോ എത്ര വലിയ ദുഃഖം അയാൾ ബാധിക്കപ്പെടാത്തത് അതിനാണ് യോഗം എന്ന് നിർവചനം കൊടുത്തത് അപ്പൊ ആ ഒരു നിഷ്ഠ പൂർണ്ണത ശാന്തി കൃതകൃത്യത നിറവ് തികവ് എന്തുകൊണ്ട് വരണില്ല ഋഷിപരമ്പരാജാതരായ നമുക്ക് പോലും എന്തുകൊണ്ട് ഒരു കുടുംബജീവിതം പോലും നേരെ ചൊവ്വ നടത്തിക്കൊണ്ടുപോവാൻ വയ്യാത്ത വിധത്തിലുള്ള ദ്വേഷവും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇനിയും ബാക്കി നിൽക്കണു ഇനിയും ആ ശാന്തി നിഷ്ഠ എന്തുകൊണ്ട് വരണില്ല എന്നുവെച്ചാൽ ആചാര്യസ്വാമികൾ തന്നെ അതിന് കാരണം പറഞ്ഞു അധികാരിണ ആശാസ്തേ ഫലസിദ്ധിർ വിശേഷത രമണ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഐ ഷുഡ് അറ്റെയിൻ ട്രൂത്ത് എനിക്ക് സത്യത്തിനെ പ്രാപിക്കണം അപ്പോ മഹർഷി തമിഴിലാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഇന്ന് കിട്ടുന്ന പുസ്തകങ്ങളിൽ അത് ഇംഗ്ലീഷിലാണ് அப்ப மகর্ষি പറഞ്ഞു truth need not be attained it is already there satyam needi edukanda thalla adu undu ipo thane undu avashye enikku ariyana illallo ennu parnua iyal appa maharshi parnnu you deserve it and own it nee adinulla arigattu needi edukku enna adinai swamsigirukku you deserve it and own it അതിനുള്ള അധികാരിയായിട്ട് തീരൂ അത് നിറേതായിട്ട് തീരും സത്യത്തിനെ നീ വരിക്കൂ സത്യം നിന്നെ വരയ്ക്കും രുഗ്മിണി ദേവി ഭഗവാനെ വരച്ചു ഭഗവാൻ ഇങ്ങോട്ട് വന്നു കൂട്ടിക്കൊണ്ടുപോയി അല്ലേ അതുപോലെ ജീവൻ ഭഗവാനെ വരിക്കാൽ ഭഗവാൻ ഇങ്ങോട്ട് വന്നു കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ആ വരണം വരണം വെച്ചാൽ മറ്റൊന്നും എനിക്ക് വേണ്ട ഭഗവാനെ മാത്രം വേണമെന്നുള്ള നിശ്ചയാത്മിക ബുദ്ധി അതിനാണ് അധികാരി മുഖ്യലക്ഷണം അതാണ് പിന്നെ ഈ അധികാരി എന്ന് പറയുന്ന ആൾക്ക് ചില ഗുണങ്ങളൊക്കെ വേണം എന്ന് ഏകദേശ രൂപത്തിൽ ശാസ്ത്രകാരന്മാർ കണ്ടുവച്ചിട്ടുണ്ട് ഗുണവും ദോഷവും ഒക്കെ പാരമാർത്ഥിക തലത്തുനിന്ന് ഒന്നാണ് പക്ഷേ സാധനാമണ്ഡലത്തിൽ ഗുണം സത്യത്തിൻ്റെ അടുത്ത് നിൽക്കണു ദോഷം അകന്നു നിൽക്കണു ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ നടുവിലുള്ള സെന്ററിന്റെ അടുത്ത് ചുറ്റാണ് ഈ പ്രോട്ടോൺ അതിന് പോസിറ്റീവ് ചാർജാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത് പെരിഫറിയിൽ ചുറ്റണത് അത് ചിലപ്പോൾ ഒരു ഇൻഡിക്കേഷനാണോ തോന്നുന്നു നെഗറ്റീവ് ചാർജ് പെരിഫറിയിൽ ചുറ്റുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് സെന്ററിന്റെ അടുത്താണ് പക്ഷെ രണ്ടും സെന്ററുടെ ഉള്ളിൽ പ്രവേശനമില്ല രണ്ടിനും അതേപോലെ ചില ഗുണങ്ങളുണ്ടെങ്കിൽ പാരമാർത്ഥികമായ തത്വനിശ്ചയത്തിന് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ തന്നെ ധ്യാനം യോഗസാധന ഒക്കെ ചെയ്താലും ഓട്ടക്കുടത്തിൽ വെച്ച വെള്ളം ഒഴുകിപ്പോണ പോലെ എല്ലാം പോയി പോകും എന്തൊക്കെ തന്നെ ധ്യാനം ചെയ്യും ചിലർക്ക് ഭജന പാടുമ്പോഴോ നാമസങ്കീർത്തനം ചെയ്യുമ്പോഴോ യോഗസാധന ചെയ്യുമ്പോഴോ ധ്യാനിക്കുമ്പോഴോക്കെ എന്തൊക്കെയോ അവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ അവസ്ഥകളൊന്നും ഈ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ നിൽക്കില്ല അതേസമയം ഈ ഫൗണ്ടേഷൻ ഇപ്പൊ ഭഗവാൻ ഓരോന്നായിട്ട് ലക്ഷണം എടുത്തു പറയണോ നമ്മൾ ഓരോന്നായിട്ട് കാണാം ഈ ഫൗണ്ടേഷനും ശരിക്കും പറഞ്ഞാൽ ഭഗവത് കൃപ കൊണ്ടാണ് ഉണ്ടാവുന്നത് വളരെ വിചിത്രമാണ് ഈ സ്പിരിച്വൽ ലൈഫ് പാരഡോക്സാണ് ഓക്കെ കൃപ കൊണ്ടാണ് ഭഗവത് പ്രാപ്തി ഉണ്ടാവുക എന്ന് പറയും ശരി കൃപ എങ്ങനെ ഉണ്ടാവും അഭിമാന ക്ഷയം കൃപ ഉണ്ടാവും അഭിമാനം എങ്ങനെ ക്ഷയിക്കും കൃപ വരുമ്പോൾ ക്ഷയിക്കും അതെന്താ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ തോന്നും നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക കാര്യമൊക്കെ മനസ്സിലാവും ഒരു ഗർഭിണി ചോദിച്ചു എപ്പോഴാണ് എനിക്ക് കുട്ടി അത് നിങ്ങൾക്ക് ഗർഭവേദന ഉണ്ടാവുമ്പോ കുട്ടി ഉണ്ടാവും ഗർഭവേദന എപ്പോഴുണ്ടാവും കുട്ടി ഉണ്ടാവേണ്ട സമയമാവുമ്പോ ഗർഭവേദന ഉണ്ടാവും അതുപോലെ ഈ കൃപയുടെ അനുഭവവും സാക്ഷാത്കാരവും സൂര്യന്റെ എന്താണ് പൂ പൂർവദിക്കില് അരുണോദയവും സൂര്യോദയവും പോലെയാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം എന്ന ഈ ജീവന്റെ ഉള്ളിൽ ഭഗവത്പ്രാപ്തിക്കുള്ള ഗുണങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെ ഇവന് തികഞ്ഞു കാണുമ്പോ രുക്മിണീദേവിയുടെ സൗന്ദര്യം അതാണ് അല്ലാതെ ബാഹ്യ സൗന്ദര്യമല്ല രുമിണി എന്ന് വെച്ചാൽ തന്നെ പ്രകാശിക്കുന്നവൾ എന്നാണ് അർത്ഥം സുവർണവർണ്ണമുള്ളവൾ യഥാശ്യ പശ്യത്തെ രുക്മവർണം കർത്ത രമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജനഃ പരമം സാമ്യമുപൈതി വേദം തന്നെ പറയണത് യഥാ പശ്യ എന്നാണ് ആ രു്മവർണ്ണത്തിനെ എപ്പോഴാണോ കാണാൻ കഴിവുള്ളവൻ കാണുന്നത് എന്ന് വെച്ചാൽ ഋഷി ദർശിക്കണത് ജീവൻ ദർശിക്കണത് സ്വയം സുവർണവർണത്തിൽ പ്രകാശിക്കുന്നത് യഥാ പശ്യ പശ്യത്തെ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം എപ്പോ ആ തന്റെ ഹൃദയത്തില് തനിക്ക് സാക്ഷിയായി അന്തര്യാമിയായി ദർശിക്കുന്നുവോ പുണ്യപാപേ വിധൂയ പാപവും പുണ്യവും ഒക്കെ കഴുകിക്കളഞ്ഞ് നിരഞ്ജന കളങ്കുമറ്റവനായി സാമ്യമുപയുത്തി അവിടെ രുക്മവർണം പ്രകാശിക്കോ അപ്പോ രുക്മിണീ ദേവിയിൽ കാണുന്ന സൗന്ദര്യം ബാഹ്യ സൗന്ദര്യമല്ല ജീവന്റെ ഉള്ളില് ഈ ദൈവീ സമ്പത്ത് വരുമ്പോ ദൈവീ സമ്പത്ത് പ്രകാശിച്ചു തുടങ്ങുമ്പോ ഇയാളിൽ ഭഗവാന്റെ വെളിച്ചം വീണു തുടങ്ങി എന്നർത്ഥം നദി സമുദ്രത്തിന്റെ അടുത്തെത്തുമ്പോ നദിയുടെ സമുദ്രത്തിന്റെ രുചിയൊക്കെ നദിയിൽ കണ്ടു തുടങ്ങും അതുമാത്രമല്ല മദ്രാസില് ചെന്നൈയില് ഞാൻ പോയ താമസിക്കുന്ന വീട്ടുകാര് ഒരു ദിവസം രാവിലെ ചെന്നൈയില് സിറ്റിയിൽ പോവാണ് അടയാർ ബ്രിഡ്ജിന്റെ മേലെ കൂടെ പോകുമ്പോ കുറെ ആളുകൾ നിൽക്കണു എന്താന്ന് വെച്ച് കാറ് നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോ എന്താ നോക്കണ എന്ന് വെച്ചാൽ ആവോ അറിയാൻ വയ്യ അടയാർ നദി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒഴുകി കൊണ്ടിരിക്കുകയാണ് അന്ന് മനസ്സിലായില്ലേ അവർക്ക് കടല് നദിയുടെ ഉള്ളിലേക്ക് കടന്ന് നദിയുടെ വശത്തു കൂടെ ഒഴുകാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നദിയെ അടിച്ചു പലപ്പോഴും നടക്കും അത് അന്ന് വളരെ ബലമായിട്ട് കടല് നദിയുടെ ഉള്ളിൽ കൂടെ വന്ന സമയത്ത് അവിടെ സുനാമിയുടെ എഫക്ട് അറിഞ്ഞില്ല എന്താന്ന് വെച്ചാൽ നദി ഉണ്ടായിരുന്നത് കൊണ്ട് കടല് നദിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു അതേപോലെ ഈശ്വരൻ ജീവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അനന്തതയുടെ രസം ഈ അല്പമായ ജീവാ ജീവ ഉപാധിയുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് കൃപ എന്ന് നമ്മൾ പറയണത് ആ കൃപ വരുമ്പോൾ ഭഗവത് ഗുണങ്ങൾ ഓരോന്നായിട്ട് പ്രകാശിക്കും ആ ഗുണങ്ങളെയാണ് ഭഗവാൻ ഇവിടെ ഓരോന്നായിട്ട് എടുത്തു പറയണത് നമ്മൾ കാണാം അഭയം ആദ്യത്തെ ഗുണം ഭഗവാൻ പറഞ്ഞത് അഭയം അഭീരുത ഇന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറ അനൗൺസ് ചെയ്യണോ എന്തെങ്കിലും പറയണോ ചോദിക്കണ്ടരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി ആരുടെയാന്ന് വെച്ചാൽ അതൊന്ന് മാറ്റണം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ട്വന്റി അഭയം സത്വസംശുദ്ധിഹി അഭയം അഭീരുത ഭയമില്ലായ്മ ഇതാണ് ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് ഭഗവാൻ എടുത്തു പറയണത് ഭയം ഇല്ലായ്മ വാസ്തുവത്തില് ഭയമില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഒരാള് പൂർണമായി ശരിക്കും ഇത് ഒരു ചെറിയ ഒരു ഗുണമല്ല ഭയം പരിപൂർണമായി നീങ്ങണത് ജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ പരീക്ഷിച്ച് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് അവസാനം പറയണത് ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭിമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ശ്രീശുഖബ്രഹ്മ മഹർഷിയോട് പറയണത് ഹേ ഭഗവാനേ അവിടുത്തെ മുഖത്ത് നിന്നും ഭാഗവതം കേട്ടിട്ട് തക്ഷകൻ മുതലായ മൃത്യുവിനെ ഞാൻ ഭയപ്പെടുന്നില്ല ചില ആളുകളൊക്കെ ചോദിക്കണത് ഭാഗവതം കേട്ടിട്ട് ഈ ശുഖബ്രഹ്മ മഹർഷി വലിയ സിദ്ധനല്ലേ ഏഴാമത്തെ ദിവസം പാമ്പ് കടിക്കാൻ പോണെന്ന് ഒരു ശാപം ആ പാമ്പ് കടിക്കാതെ ആക്കരുതോ എന്തിനപ്പനക്കിട്ടിട്ട് ഒരു ഏഴു ദിവസം ഒരു പ്രസംഗം ഭാഗവതമൊക്കെ പറഞ്ഞ് ഏഴാമത്തെ ദിവസം ഈ പാമ്പ് കടിക്കാൻ പോകുന്ന ഒരു ശാപം അതിന് കുറെ കഥ പറഞ്ഞു കൊടുക്കാം ആരുടെയൊക്കെയോ കഥ കൃഷ്ണന്റെ കഥ രാമന്റെ കഥ പ്രഹ്ലാദന്റെ കഥ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പാമ്പും കടിച്ചു എന്നാ പാമ്പ് കടിക്കാതാക്കരുതോ ശുഖബ്രഹ്മ മഹർഷിക്ക് ഒന്ന് ശുഖബ്രഹ്മ മഹർഷി വേണമെങ്കിൽ തൽക്കാലത്തേക്ക് പാമ്പ് കടിക്കാതാക്കുമായിരിക്കും ഒരു പ്രസിദ്ധമായ ഒരു ഇൻസിഡന്റ് ഒരാളെ നയഗ്ര വാട്ടർഫാൾസ് ഏറ്റവും ആഴത്തിലുള്ള വാട്ടർഫാൾസ് നിന്ന് വീണു ചാടി ചാടിയതാണത് മരിച്ചില്ല നയഗ്ര വാട്ടർഫാൾസിൽ ചാടിയിട്ട് മരിച്ചില്ല അതേ ആള് ഓറഞ്ച് തോലില് വഴുതി വീണ് തല തലയ്ക്ക് അടിച്ചിട്ട് കുറെ ദിവസം ആസ്പത്രി കിടന്ന് മരിച്ചു ഇത് വളരെ പ്രസിദ്ധമായ വിചിത്രമായ ഒരു ഇൻസിഡന്റ് നയഗ്ര വാട്ടർഫാൾസിൽ വളരെ നോക്കണം ഈശ്വരന്റെ ക്രീഡയാണത് ഒരു ഒരു തമാശയാണത് നയഗ്ര വാട്ടർഫാൾസിൽ ചാടി മരിക്കാത്ത ആള് ഓറഞ്ച് തോല് വഴുതി വീണിട്ട് തലയ്ക്ക് അടിച്ച് മരിക്കണമെങ്കിൽ മരണം നയഗ്ര വാട്ടർഫാൾസിൽ വരില്ല വേറെ ഏതെങ്കിലും വിധത്തിൽ വരും തർകന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ വേറെ ഏതെങ്കിലും മരിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ തപോവന സ്വാമികൾക്ക് അവസാന കാലം വളരെ ശാരീര ആസ്വാസ്ഥ്യണ്ടായിരുന്നപ്പോ ഹിമാലയം വിട്ട് ചുവട്ടിലേ ഇറങ്ങാതിരുന്നതാണ് ഋഷികേശ് കഴിഞ്ഞ് ഇങ്ങട് ഹരിദ്വാർ കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല അപ്പൊ അവസാന കാലം ജീവിതം മുഴുവൻ സുഖമായി ഹിമാലയത്തിൽ കഴിഞ്ഞു തപോവന ചരിത്രം വായിക്കാത്തവരൊക്കെ വായിക്കേണ്ടതാണ് മലയാളത്തില് ലഭ്യമാണ് Iswaradarishanam in the same way, Malayalam is born in Malayalam. Khrushche, now the Malayalam is born in Malayalam. Khrushche, now the Malayalam is born in Malayalam is born in Malayalam. Then, the Adhyam, Sadaganai, Himalayo, is born in Malayalam. The Pineda is born in the Nautil, and the Vita is born in the Nautil, അപരോക്ഷമായി തത്വസാക്ഷാത്കാരം നേടി ആത്മസാക്ഷാത്കാരം നേടിയിട്ട് തിരിച്ചു പിന്നെ ഹിമാലയത്തിൽ പോണത് ജ്ഞാനിയായിട്ടാണ് പോണത് അദ്ദേഹം തന്നെ പറയണ്ട് ഇതൊന്നും വേറെ ആരും പറയണ്ട അദ്ദേഹം തന്നെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ സാധകനായിട്ടാണ് വന്നത് ഇപ്പൊ വന്നിരിക്കണത് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ് ഇടതടവില്ലാത്ത ആത്മാനുഭൂതി ആത്മാനുസന്ധാനത്തിൽ കൊതിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെയും ഒരു പണിയുണ്ട് നാരായണഗുരുസ്വാമി പറഞ്ഞു അദ്ദേഹം ലോകപ്രവർത്തനത്തിന് ഇറങ്ങി വന്നുവല്ലോ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകം അദ്ദേഹത്തിന്റെ ഭക്തി കീർത്തനങ്ങളുണ്ട് സുബ്രഹ്മണ്യ സ്തോത്രത്തില് അദ്ദേഹം പറയണ്ട് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവളിയതിലാക്കുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീരം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോൾ ഒരു ശ്ലോകമാണ് സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി എന്നുവെച്ചാൽ മനസ്സിനെ കുറിക്കുന്നതാണ് ചന്ദ്രൻ മനസ്സങ്ങോട്ട് മറഞ്ഞു ചന്ദ്രൻ മറഞ്ഞു ദിനകരൻ ഉദയം ചെയ്തു എന്നുവെച്ചാൽ ആത്മജ്ഞാനം ഉദിച്ചു എന്നർത്ഥം സൂര്യൻ പ്രകാശിച്ചു ഇനിയും ഒത്തിരി വേല ബാക്കിയേണ്ടതെന്നാണ് എന്നുവെച്ചാൽ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാലും ഉപാധിയുടെ ദോഷങ്ങളൊക്കെ നീക്കി ആ വസ്തുവിൽ അതായിട്ട് തന്നെ ഇരിക്കലെന്നൊരു പണിയുണ്ട് അറിഞ്ഞുകഴിഞ്ഞാലും പിന്നെയും ഉപാധി ചില ദോഷം കൊണ്ട് ലോകത്തിൽ കിടന്ന് വട്ടം കറങ്ങും അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാലും അജ്ഞാനം ബാക്കി നിൽക്കും ചിലപ്പോ പിന്നെയും കുറച്ചൊക്കെ വ്യവഹരിക്കും ആ വ്യവഹാരമൊക്കെ നീങ്ങി തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കുവാൻ എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ എല്ലാം പിടിച്ചുകൂട്ടി ആ പൂർണ്ണമായ പരമാകാശത്തിലെ സ്ഥിതമാവാൻ ഒത്തിരി വേല ബാക്കിയുണ്ടെന്നാണ് പക്ഷെ പിന്നെ ആട്ടയെന്ന് പറയാണ് എന്താന്ന് വെച്ചാൽ അപ്പോഴേക്കും ഈശ്വരന്റെ കാരുണ്യം അല്പമൊന്ന് പിടികൂടി കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിപ്പോൾ നടന്നു അങ്ങനെ ഇറങ്ങി വന്നു എന്ന് ഒരു സൂചന ആ പാട്ടിൽ കാണും തപോവനസ്വാമികൾ ഇവിടെ പറയണത് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇടതടവില്ലാത്ത ശാന്തിയും ആ ബ്രഹ്മസമാധിയും അനുഭവിക്കാനായിട്ടാണ് ഹിമവത് ഭൂമിയിലേക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരണത് എന്ന് അദ്ദേഹം തന്നെ പറയണ്ട് അങ്ങനെ അവിടെ സുഖമായി ഇരുന്ന് കഴിച്ചുകൂട്ടി എന്നാലും ശരീരത്തിന്റെ ഉപാധി ദോഷം ഏതെങ്കിലും വഴി തീർക്കണം നാരായണത്ത് പ്രാന്തൻ പാറാങ്കല്ല് രാവിലെ എണീറ്റ ഉരുട്ടാൻ തുടങ്ങിയാ വൈകുന്നേരം വരെ ഉരുട്ടും ഉരുട്ടി മലയുടെ മേലെ കയറ്റും വൈകുന്നേരം ആയാൽ അവിടുന്ന് തള്ളിവിടും പിന്നെ അടുത്ത ദിവസം കൊണ്ടുപോകും എന്തിനാന്ന് വെച്ചാൽ ശരീരം വല്ലതൊക്കെ ചെയ്യണമല്ലോ അതിനാണോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാനിയാണെങ്കിലും അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപാധി പ്രാരബ്ധം കഴിയുന്നവരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തപവനസ്വാമിയും ഹിമാലയത്തിൽ യാത്ര ചെയ്യലും തീർത്ഥയാത്ര ചെയ്യലും പുസ്തകങ്ങൾ എഴുതലും അവിടെ വരുന്നവർക്ക് ഉപനിഷത്തും വേദാന്തമൊക്കെ പഠിപ്പിക്കലും ആയിട്ട് തന്റെ ശിഷ്ട പ്രാരബ്ധ കാലം അവിടെ കഴിച്ചു അവസാന കാലാവുമ്പോൾ പ്രാരബ്ധരീരം വീഴാൻ എന്തെങ്കിലും രോഗം വരും ജ്ഞാനികൾക്ക് രോഗം വരണത് വലിയ തപസ്സായിട്ടാണ് ബൃഹധാരണ ഉപനിഷത്ത് വരണത് ജ്ഞാനികൾക്ക് രോഗം വരണത് വ്യാഹിത അസ്യ പരമം തപരമം തപ ഇത് അവന്റെ പരമമായ തപസ് ആകുന്നു എന്ന് വെച്ചാൽ ആ വ്യാധി വരുമ്പോ ശരീരത്തിന് വ്യാധി വരണത് തനിക്ക് യാതൊരു സംബന്ധമില്ലാതെ തിരിക്ഷ എന്നുള്ള ഗുണത്തോടുകൂടെ താൻ തന്റെ ജ്ഞാനനിഷ്ഠ വീണ്ടും വീട്ടും പെരും അവസാന കാലത്ത് ശരീരവ്യാധി വന്ന് വിഷമിക്കുമ്പോ ശിഷ്യന്മാരൊക്കെ ചെന്ന് പറഞ്ഞു സ്വാമി ഇങ്ങനെ വിഷമിക്കണമല്ലോ ഞങ്ങൾ ഡൽഹിയിൽ കൊണ്ടുപോകാം പറഞ്ഞു രണ്ട് അമേരിക്കയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു സ്വാമിയുടെ അടുത്ത് ചികിത്സിക്കാനായിട്ട് സ്വാമി ഒറ്റ കാര്യേ ചോദിച്ചുള്ളൂ അമേരിക്കയിൽ എന്താ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ എന്നാണ് അമേരിക്കയിൽ എന്താ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ അമേരിക്കയിൽ പോവാം ലണ്ടനിൽ പോവാം അവിടെയുള്ളവരൊന്നും മരിക്കണില്ലേ എന്നാണ് അതുകൊണ്ട് ഭയം മനുഷ്യന്റെ കൂടെപ്പിറപ്പാണ് ഭയം പൂർണമായിട്ടില്ലാതായത് ജ്ഞാനിക്ക് മാത്രാണ് ജനകന് യാജ്ഞവൽക്യൻ ഉപദേശിക്കുന്നതാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ മുഖ്യമായ ഭാഗം യാജ്ഞവൽക്യകാന്ഡം എന്ന് പേരത് ആ യാജ്ഞവൽക്യകാന്ഡത്തിൽ ജനകന് ഉപദേശിച്ച് ഉപദേശിച്ച് ഓരോരുപദേശം കഴിയുമ്പോഴും ആയിരം തരാം ആയിരം തരാം എന്ന് പറയും ആയിരം പൊന്ന് അവസാനമാവുമ്പോ പറയും മിഥിലാപുരിയെ തന്നെ തരാമോ പിന്നെ അവസാനം ജനകൻ പറയും ഞാനിതാ എന്നെ തന്നെ അങ്ങോട്ട് തരാം മാം ചെയ്വദാസിന്നെ തന്നെ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞപ്പോ യാജ്ഞവൽക്യൻ പറഞ്ഞു ഹേ ജനക അഭയം എപ്പോ നീ എന്റെ അഭിമാനത്തിന് അങ്ങോട്ട് വിട്ടുവോ ഞാൻ എന്നുള്ളത് അങ്ങോട്ട് പോയോ നീ അഭയത്തിനെ പ്രാപിച്ചിരിക്കുന്നു എനക്ക് ഇനിമേലാൽ ഭയമില്ല കാരണം എല്ലാ ഭയവും എവിടെ ബാധിക്കും ഈഗോവിനെയാണ് അഫക്റ്റ് ചെയ്യണത് അല്ലേ ഈഗോ ഉള്ളപ്പോ ഈയിടെ ഒരാൾ ഡെഫിനിഷൻ കൊടുത്തു ഈഗോ മീൻസ് Eject God out. <laughs> E-G-O Eject God out. E pues el deci con 다른 regals es como ego. Eso se deten enлушar es comoISH. No. 8명이 olmner hacia nahm. Hic g-e realmente? Subtractors died en province. Al elузas ahora reflejiros hayan. ilamate được una persona queắc a miRO not donnم. ജീവൻ മുക്തന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിനെല്ലാം പോയി നമ്മളാണോ കുറെ സമ്പത്തുള്ളത് നമ്മളിലേക്കല്ല നമ്മുടെ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു ഞാനീ എല്ലാത്തിനെയും ആത്മസ്വരൂപമായിട്ടൊക്കെ കാണണമെന്ന് പറഞ്ഞുവല്ലോ അങ്ങ് എന്താ കാണണതെന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതേ ഞാനും കാണുകയുള്ളൂ പക്ഷെ ഞാൻ കാണുന്നതിനെക്കാളും കൂടുതലും നിങ്ങൾ കാണേണ്ടതെന്ന് മാത്രം ഉള്ള വസ്തുവിനെ ഞാൻ കാണുള്ളൂ നിങ്ങൾ അതിന്റെ മേലെ രാഗം ദ്വേഷം വെച്ച് കാണുന്നു അപ്പോൾ വാസ്തവത്തിൽ അഭയം എന്ന് പറയണത് അദ്വൈതത്തിലേ ഉള്ളൂ ഭയം എന്ന് പറയണത് ഉദരമന്തരം കുരുത്തെ അതത ഭയം തത്വേവയം വിദുഷോ അമന്വാനസ് വേദം തന്നെ പറയണത് അമന്വാനസ് ജ്ഞാനമില്ലാത്തവന് തത്വജ്ഞാനമില്ലാത്തവന് രണ്ടാമതായ വസ്തു എപ്പോഴും ഭയജനകാണ് ഭീതിർനാമദ്വിതീയാത് ഭവതി ിതം ചീയം ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ് ഭയം എന്ന് പറയുന്നത് ദ്വിതീയാത് ഭവതി രണ്ടാമതൊന്നുണ്ടോ ഭയണ്ട് ഭാഗവതത്തിലെ ഭയം ദ്വിതീയ അഭിനിവേശതാപേത വിപര്യ അസ്മൃതിഹി ഈശ്വരന്റെ തന്നെ മായകൊണ്ട് ഈശ്വരൻ നിന്നും വിട്ടു ഞാൻ ഒരാൾ നിൽക്കണു എന്നുള്ള വികല്പം കൊണ്ടാണ് ഭയം ഉണ്ടാവണത് ഭയമെന്ന് വെച്ചാൽ ഫിയർ മാത്രമല്ല കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം രാഗം ദ്വേഷം ഒക്കെ ഭയം എന്നുള്ള കാറ്റഗറിയിൽപ്പെടും ചുരുക്കത്തിലെ ബേസിക് സെൽഫ് പ്രൊട്ടക്ടിങ് അർജ് അവനവനെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും സേഫാക്കാനുള്ള ആ ഒരു സംരക്ഷണ അതിനെയാണ് ഭയം എന്ന് പറയുന്നത് സെക്യൂരിറ്റി നമ്മൾ മുഴുവൻ നോക്കുന്നത് അതാണല്ലോ ഭയന്ന് ഭയന്ന് ഭയന്ന് എല്ലാവരെയും ഭയമാണ് ഇപ്പം ആളുകൾക്ക് ട്രെയിനിൽ പോകുമ്പോ മുമ്പൊക്കെ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റിൽ അങ്ങടും ഇങ്ങടും ഒക്കെ ആഹാരം കൊടുക്കും വർത്തമാനം പറയും ഇപ്പോ അവിടെ തന്നെ അനൗൺസ് ചെയ്യും ആരും തരണതൊന്നും വാങ്ങിക്കരുത് ആർക്കും ഒന്നും കൊടുക്കരുത് വാങ്ങിക്കരുത് ഒക്കെ പേടിയാണ് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഭയമാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ ചെറിയ പയ്യൻ കുട്ടി പയ്യൻ ആകപ്പാടേനെ ഭയപ്പെടുത്തി വിട്ടു സൂക്ഷിക്കണം ബാഗൊക്കെ എല്ലാവരും എടുത്തോണ്ട് പോകും ഞാനിതൊന്നും ആലോചിച്ചില്ല ആദ്യം ബാഗൊക്കെ കൊണ്ടുപോയിട്ട് ആകപ്പാടയിലൊന്നും ഇല്ലെങ്കിലും അതൊക്കെ അവിടെ വെച്ചിട്ട് കമ്പാർട്ട്മെന്റിൽ ഇരിക്കണവർ മുഴുവൻ നമ്മളുടെ ബാഗ് എടുക്കാനാണോ വന്നിരിക്കണതോന്ന് തോന്നുക കുറെ കഴിഞ്ഞ ആ ബാഗ് അവിടെ വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി ആര് വേണമെങ്കിൽ എടുത്തിട്ട് പോട്ടെ എന്താ ഭയം എവിടെ വരുന്നു ഞാൻ ഉണ്ടോ ഭയുണ്ട് എന്റേതെന്ന് ഉണ്ടോ ഭയുണ്ട് രണ്ടാമതൊരു വസ്തുണ്ടോ ഭയുണ്ട് ഭോഗേ രോഗഭയം കുലേ ചുതിഭയം വിത്തേ നൃപാലാത് ഭയം മാനേ ദൈന്യഭയം ബലേരിപുഭയം ൂപേജരായാ ഭയം ശാസ്ത്രേവാദിഭയം ഗുണേ ഖലഭയം കായേ കൃത ഭയം സർവം വസ്തുഭയാന്വിതം ഭുവിന്ദ്രം വൈരാഗ്യമേവാഭയം വൈരാഗ്യശതകം എന്ന് പറഞ്ഞ നൂറ് ശ്ലോകങ്ങൾ ഭർത്തൃഹരി എഴുതിയതാണ് അദ്ദേഹം വിചിത്രമായ ഒരു ഋഷിയാണ് ഭർതൃഹി നീതിശതകം എന്ന് നൂറ് ശ്ലോകങ്ങൾ എഴുതി ശൃംഗാരശതകം എന്ന് നൂറ് ശ്ലോകങ്ങൾ എഴുതി വൈരാഗ്യശതകം നൂറ് ശ്ലോകം എഴുതി ആ വൈരാഗ്യശതകത്തിലാണ് പറയണത് ഭോഗേ രോഗഭയം ധാരാളം സുഖഭോഗങ്ങൾ വിഷയഭോഗങ്ങൾ അനുഭവിക്കാം ഇനിയിപ്പൊ എന്ത് വേണം എല്ലാം എനിക്കുണ്ട് ധാരാളം പണമുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് You have to enjoy രോഗം വരുവോന്ന് പേടി എല്ലാം ഉണ്ടോ ഒന്നും കഴിക്കാൻ പറ്റില്ല മധുര മധുര പലഹാരങ്ങളുണ്ടോ ഒന്നും തീരാൻ പറ്റില്ല എന്താ ഷുഗർ ഉണ്ട് കഴിക്കാൻ പറ്റില്ല രോഗം വരുവോന്ന് ഭയം കുലേ ഭയം വെച്ചു നല്ല കുലത്തില് ജനിച്ചാല് ശുതി വരുമോന്ന് ഭയം ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ വന്ന ഇട വരുമോന്ന് ഭയം പ്രഭാഷണത്തിന് നമ്മള് വരുമോന്ന് ഭയമാണ് നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലേ എപ്പോഴാ എന്താ ചെയ്യാൻ അറിയില്ല യം കുലേതിഭയം നല്ല കുലത്തില് ജനിച്ചാൽ കുലച്യുതി കുലത്തിന് എന്തെങ്കിലും പേരു ദൂഷ്യം വരുവോ നമുക്ക് കാണാം ലോകത്തിലെ നല്ല കുലത്തില് ജനിച്ച ആളുകൾക്ക് പേടിയാ എന്നുവെച്ചാൽ മക്കൾ ദൂഷ്യ പോവോ എന്തെങ്കിലും പേരു ദൂഷ്യം വരുത്തോ നമ്മളുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ പ്രൗഢി എന്താ അതിനെന്തെങ്കിലുമൊക്കെ ദൂഷ്യം വരുവോ വളരെ പേടിയാ ചെറിയ എന്തെങ്കിലും ഒരു പേരു ദൂഷ്യാ വന്നാൽ ഡിപ്രഷനും വിഷമമൊക്കെ ആയി എന്താന്ന് വെച്ചാൽ നമ്മളുടെ അഭിമാനം കുലത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുലമഹിമയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കേടുപറ്റിയാൽ നമ്മളുടെ ശാന്തി കുലങ്കുത്തി ഒഴുകിപ്പോവും കുലേ ചുതി ഭയം ചിലർക്ക് പണത്തിലാണ് അവരുടെ അഭിമാനം വിത്തേ ധാരാളം പണം എന്നാ ശരി ധാരാളം സമ്പാദിച്ചു ഇൻകം ടാക്സ് റെയ്ഡോ ഒക്കെ ഭയം നൃപാലാത് ഭയം രാജാവിനെ പേടി എന്നാണ് അതിനെന്തൊക്കെ ഒപ്പിക്കണം വിത്തേ നൃപാലാത് ഭയം മാനേ ദൈന്യ ഭയം നല്ല അഭിമാനിയാണ് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ധർമ്മനിഷ്ഠനാണ് കഴിയണത് നല്ല ആളായിട്ട് കഴിഞ്ഞു പോകുന്നു സമൂഹത്തിൽ ആരും എന്നെ കുറ്റം പറയരുത് പല ആളുകൾക്കും ഉള്ള കുഴപ്പമാണ് അത് വിദ്യാരണ്യസ്വാമികൾ അങ്ങനെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഇരുന്ന ഒരു കുഴപ്പം മാത്രമേ ശ്രീരാമനടുത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം എന്ന് ആശിച്ചു അതുകൊണ്ട് തന്നെ രാമന് മനസ്സമാധാനം ഇല്ലാതായിട്ട് തീർന്നു എന്ന് വിദ്യാരണ്യസ്വാമികൾ വിചാരണം വിചാരം ചെയ്യുമ്പോ രാമായണത്തിലെ ഭഗവാൻ ജീവിച്ചു കാണിച്ച ഒരു ഒരു മാതൃകയാണ് നല്ല ആളായിട്ട് ജീവിച്ച് എല്ലാരും എന്നെ നല്ലത് പറയണം എന്ന് വിചാരിച്ചാൽ കുഴപ്പമുണ്ടാവും സാധിക്കില്ല ആരെങ്കിലുമൊക്കെ കുറ്റം പറയാനുണ്ടാവും എല്ലാവരും ഒന്നും നമ്മളെ നല്ലതൊന്നും പറയില്ല കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ അതൊക്കെ കുന്തമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ നോക്കൂ ഒരു പുസ്തകമൊക്കെ വന്നു ഈയിടെ കാലത്ത് പുസ്തകം സിനിമയൊക്കെ വന്നു എന്നുവെച്ചാൽ ക്രിസ്തു കല്യാണം കഴിച്ചിരുന്നു ഒന്നും ക്രിസ്തുവിന് കുട്ടികളുണ്ടായിരുന്നു പരമ്പരയൊക്കെ വലിയ പ്രശ്നമാണ് അവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു കല്യാണം കഴിച്ചൊരു ക്രിസ്തുവായിട്ടോ ഒരു കുട്ടിയുണ്ടായ ക്രിസ്തുവായിട്ടോ എന്നും ആർക്കും ആലോചിക്കാനേ വയ്യ അതുകൊണ്ട് അത് ക്രിസ്തുവിന്റെ വലിയൊരു കളങ്കമായിട്ടാണ് അങ്ങനെ പുസ്തകം എഴുതി അത് റിസർച്ചൊക്കെ ചെയ്തവര് ഇത് സത്യമാണെന്നും ൊക്കെ തെളിയിക്കാൻ വേണ്ട എന്തൊക്കെയോ കാരണങ്ങളൊക്കെ കാണിച്ചിട്ട് പുസ്തകം എഴുതി നോസ്റ്റിക് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായി ഒരു പുസ്തകമൊക്കെ വന്നു അടക്കാത്തത് അതൊക്കെ ബാൻ ചെയ്തു ക്രിസ്ത്യൻസ് എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ മേലെ ഒരു കളങ്ക ഏൽപ്പിക്കുകയാണ് അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു ജൻ ഒരു പൈതൃകം അദ്ദേഹം തുടർന്നൊരു കുടുംബ പരമ്പര വന്നു എന്നൊക്കെ പറയാൻ ശ്രമിച്ചപ്പോ ക്രിസ്തുവിന്റെ മേലെ വീഴുന്ന ഒരു വലിയ കളങ്കമായിട്ടാണ് തീർന്നത് പക്ഷെ നമ്മുടെ കൃഷ്ണന്റെ അടുത്ത് വലരും ചെലവാകോ കല്യാണോ പതിനാറായിരത്തെട്ട് ഇനി വേണോ പറയൂ കുട്ടികളോ ഓരോന്നിനും പപ്പത്ത് പേരാണ് ഒരു പാതി ചോദിച്ചു എന്താ നിങ്ങൾ ഈ കൃഷ്ണനെ പറയണത് പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ചിട്ട് അദ്ദേഹം ഭഗവാൻ ആണെന്ന് പറയണു പിന്നെ അല്ലാതെ ഭഗവാൻ അല്ലെങ്കിൽ സാധിക്കുകയില്ലാതെ ഒരു കല്യാണം കഴിച്ചിട്ട് ആളുകൾ എത്രയാ വിഷമിക്കണത് പതിനാറായിരത്തെട്ട് കല്യാണം കഴിച്ച അദ്ദേഹം സ്വസ്ഥമായിട്ടിരിക്കണു ശാന്തിയായിട്ട് ഏഹ് കുചേലൻ ചെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചാൽ കൃഷ്ണനും പറയണു ശാന്തിയായിട്ടിരിക്കണു കുജേലനും പറയണോ ശാന്തിയായിട്ടിരിക്കണമെന്നാണ് ആരോ മഹാവിഷ്ണുവിനെ തന്നെ ആലോചിച്ച് നോക്കൂ കിടക്കുന്നത് എവിടെയാണ് കടലിലാണ് അല്ലേ കിടക്കുന്നത് എഴുന്നേനു മേലെയാ പാമ്പിന്റെ മേലെ എന്നാലോചിച്ച് നോക്കൂ നമ്മളുടെ പായിന്റെ ചുവട്ടല് കട്ടിലിന്റെ ചുവട്ടിൽ പാമ്പ് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഉറങ്ങോ നമ്മള് ഭഗവാൻ കിടക്കണത് പാമ്പിന്റെ മേലെ കപ്പലിൽ പോയിട്ടുള്ളവർക്കറിയാം കപ്പൽ ഇളകിക്കൊണ്ടേയിരിക്കും ഇത് കടലിന്റെ മേലെയാണ് ആ പാമ്പ് കിടക്കുന്നത് അതിൻ്റെ മേലെ ഭഗവാൻ യോഗ നിദ്ര ചെയ്യണു കടലിൽ തന്നെ ഉറങ്ങാൻ പറ്റില്ല പാമ്പിന്റെ മേലെ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല പോരാത്തതിന് മഹാലക്ഷ്മിയാണ് കാൽ ചുവട്ടിലിരിക്കണത് ലക്ഷ്മി ഉണ്ടെങ്കിൽ ഉറങ്ങാനേ പറ്റില്ല എന്നാണ് ഇത്രയൊക്കെ വച്ചിട്ട് ഭഗവാൻ ശാന്തമായി ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം ഉറങ്ങണം അപ്പോ നമുക്ക് കുലത്തിന് ചുതി വരുവോ എന്നൊരു ഭയം കുലേ ചുതി ഭയം വിത്തേ നൃപാലാത് ഭയം ധാരാളം പണമുണ്ടെങ്കിൽ ഭയം കടം വന്നാലും ഭയം ധാരാളം പണമുണ്ടെങ്കിലും ഭയം പണം പോയാലും ഭയം അല്ലേ മഹാത്മാ ഞാൻ നിങ്ങൾക്ക് ഈ കുഴപ്പമൊന്നുമില്ല ആനന്ദാശ്രമത്തില് കൃഷ്ണാഭായ് മാതാജി ആശ്രമത്തിലുള്ള പണമൊക്കെ ദാനം കൊടുക്കും ദാനം കൊടുക്കുക എന്ന് വച്ചാൽ അതിന് ഒരു കണക്കും ഇല്ലാതെ ചെലവാക്കും സ്വാമി രാംദാസ് തന്നെ പറയും ആശ്രമത്തിൽ വരുന്ന പണമൊന്നും ഈ അമ്മയ്ക്ക് ചെലവാക്കാൻ പോരാ കുബേരന്റെ സെക്രട്ടറി ആയി വിട്ടാൽ ഒരാഴ്ചക്കകം കുബേരൻ പാപ്പറാവും എന്ന് പറയും അങ്ങനെ ആശ്രമത്തിന് വാരിക്കോരി കൊടുക്കും അമ്മ ഒരാൾ ഒരു ഒരാൾ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ വകയില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം ആശ്രമത്ത് നല്ലൊരു പശുവിനെ കൊടുത്തു കൊണ്ടുപോയ്ക്കുമെന്ന് പറഞ്ഞു അയാൾ പശുവിനെയും കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം വന്ന് പറഞ്ഞു പശുവിനെ തന്നു ഞാൻ എങ്ങനെ തീറ്റ കൊടുക്കും ആശ്രമത്തിന്റെ കണക്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞു അയാൾ ഇഷ്ടം പോലെ വാങ്ങിച്ചു പശുവിനെ കെട്ടാൻ തൊഴുത്തില്ല എന്ന് പറഞ്ഞു തൊഴുത്തും കെട്ടിക്കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ലെ പാൽ ആരും വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞു പശുവിന്റെ നിങ്ങൾ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ പണം തരാമെന്ന് പശുവിനെയും കൊടുത്ത് തൊഴുത്ത് കെട്ടിക്കൊടുത്ത് അതിന് തീറ്റയും കൊടുത്ത് ആ പശുവിന്റെ പാല് വില കൊടുത്ത് വാങ്ങിക്കുക ഇതിനാണ് ദാനം എന്ന് ഭഗവാൻ ഇനി പറയാൻ പണത് കൊടുത്തു എന്നുള്ള അഭിമാനം അല്പം പോലും ഇല്ലെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കൊടുത്ത് ഒരു ദിവസം ഒരു ഗൃഹസ്ഥനെ കാര്യമായിട്ട് ഇരുത്തിയിട്ട് അമ്മ ഉപദേശിക്കായിരുന്നു നോക്കൂ നിങ്ങൾ ഗൃഹസ്ഥന്മാര് വളരെ സൂക്ഷിച്ചിരിക്കണം കടം വരുത്താൻ പാടില്ല കടമില്ലാതെ ജീവിക്കണം എന്നൊക്കെ ഉപദേശിക്കണം അപ്പൊ സച്ചിദാനന്ദ സ്വാമി ചോദിച്ചു സ്വാമിനെ എന്നോട് ഈ കഥ പറഞ്ഞേ സ്വാമി ചോദിച്ചു അമ്മ ഈ ഗൃഹസ്ഥന്മാരെയൊക്കെ ഇരുത്തി ഉപദേശിക്കുന്നു കടം പാടില്ല ആശ്രമത്തിന് മുഴുവൻ കടാണ് ഉം അവരടുത്ത് ഈ കടം വെച്ചാ ഉറങ്ങാൻ പറ്റില്ല എന്നാണ് കാര്യം പറഞ്ഞു കൊടുക്കണത് അപ്പൊ ആശ്രമത്തിന് മുഴുവൻ കടാണ് അമ്മ നമ്മളുടെ കാര്യത്തിൽ എന്തായി അതെ എനിക്ക് പണം വെച്ചിട്ടാണ് ഉറങ്ങാൻ പറ്റാത്തത് കടം വെച്ച് ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു പണം വെച്ച് ഉറങ്ങാൻ വയ്യ കടം വെച്ച് ഞാൻ ഉറങ്ങിക്കൊള്ളാം എന്നാണ് എന്നുവെച്ചാൽ അഭിമാനം പോയ ആളുകളുടെ സ്ഥിതി വളരെ വിചിത്രമാണ് അവർക്കിതൊന്നും ബാധകമല്ല മാനേ ദൈന്യഭയം നമ്മളെ അഭിമാനിയാളാണെങ്കിൽ ആരുടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരുമോ എന്നൊരു ഭയം മാനേ ദൈന്യ ഭയം നല്ല ബലമുള്ള ആളാണ് ശത്രുവിനെ ഭയം ശാസ്ത്രേവാദി ഭയം നല്ല പഠിച്ച ആളാണെങ്കിൽ തന്നെ വാദിക്കാനാരെങ്കിലുമൊക്കെ വരുമോന്ന് പേടി പഠിച്ച ആളുകൾ എപ്പോഴും പേടിത്തൊണ്ടന്മാരായിരിക്കും എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ പഠിപ്പിന് ശങ്കയായിരിക്കും ഒരു പഠിപ്പും ഇല്ലാത്തവന് ഒരു ഭയമില്ല എന്ത് വേണമെങ്കിൽ അടിച്ചുവിടാം ഈ പഠിച്ച ആളുകളെ പറ്റിക്കൽ വളരെ എളുപ്പമാണ് അതറിഞ്ഞ ആളാണ് തെന്നാലി രാമൻ വലിയ പണ്ഡിതൻ വാദിക്കാൻ വന്നപ്പോ എന്താ പറഞ്ഞ മഹിഷാ തിലകാഷ്ടഹിഷബന്ധനം ഏത് പുസ്തകത്തിനെ കുറിച്ചത് നമ്മള് സംസാരിക്കാൻ പോകണെന്ന് ചോദിച്ചപ്പോ തെനാലിരാമൻ പറഞ്ഞു തിലകാഷ്ട മഹിഷബന്ധനം ഈ പണ്ഡിതൻ ചോദിച്ചു അതെന്തു പുസ്തകമാണ് ഇതുപോലും നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങളുടെ അവിടെ മാടുമേക്കണവർക്ക് പോലും അറിയാംന്ന് പണ്ഡിതൻ അടുത്ത ദിവസം വന്നതേ ഇല്ല ആ സഭയിൽ രാജാവ് കൃഷ്ണദേവരായവർ ചോദിച്ചു തെനാലി രാമനെടുത്ത് എന്താപ്പ ഈ തിലകാഷ്ട മഹിഷബന്ധനം ഒന്നുമില്ല നീ എള്ളിന്റെ മരം പശുവിനെ കെട്ടണ കയറുകൊണ്ട് കെട്ടിയതാണ് തിലകാഷ്ടം എന്ന് വെച്ചാൽ ഈ തിലത്തിന്റെ കാഷ്ടം ആ വരകുകൊള്ളി അത് പശുവിനെ കെട്ടണ കയറുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്നു അതാണ് തിലകാഷ്ട മഹിഷബന്ധനം അതിനകത്ത് പുസ്തകമൊന്നുമില്ല അത് കേട്ട് പണ്ഡിതൻ പേടിച്ചു എന്നാണ് ശാസ്ത്രേ വാദിഭയം ആളുകൾ എളുപ്പത്തിൽ ഭയപ്പെടും പണ്ഡിതന്മാര് ഇപ്പോൾ ഉപനിഷത്ത് വേദാന്തം ബൃഹദ ബൃഹ ബ്രഹ്മസൂത്രം ഒക്കെ പഠിച്ച ഒരു ഗുരു ഒരു ശിഷ്യൻ ഒരിടത്ത് ശാസ്ത്ര സഭ നടക്കുകയാണ് ആ ശാസ്ത്ര സഭയിലേക്ക് ഈ ഗുരുവിന്റെ ശിഷ്യന്മാർക്കൊക്കെ അപ്ലിക്കേഷൻ അയച്ചിരുന്നു അതിലൊരു ശിഷ്യന് സെലക്ഷൻ വന്നു സെലക്ഷം വന്നപ്പോ ഈ ശിഷ്യന് വളരെ കുറച്ചേ കാര്യമറിയുള്ളൂ അല്ലവണ്ണം വിവരമുള്ള കുറച്ച് ശിഷ്യന്മാരുണ്ട് അവർക്കൊന്നും സെലക്ഷൻ വന്നില്ല അപ്പൊ ഇയാള് ഈ വാ സഭയ്ക്ക് പോവാണ് അപ്പൊ ടീച്ചറുടെ അടുത്ത് വന്ന് ചോദിച്ചു ഞാനിപ്പോ അവിടെ എന്തു അറിയും നല്ല പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ ആചാര്യം പറഞ്ഞു നോക്കൂ ഈ പണ്ഡിതന്മാരെ എല്ലാരും എല്ലാം പഠിച്ചവരൊന്നും അല്ല അതുകൊണ്ട് അവളെ പറ്റിക്കണത് വളരെ എളുപ്പമാണ് നീ ധൈര്യമായിട്ട് നിനക്ക് അറിയണത് എങ്ങനെ വിളിച്ചു പറയാ ഉപനിഷത്താണ് വിഷയം അല്ല ഉപനിഷത്താണെന്ന് പറഞ്ഞാൽ ഏതിലാണ് ഏതു ഉപനിഷത്താണെന്നും ചോദിച്ചാൽ എനിക്കറിയില്ലേ ഞാൻ എന്തെങ്കിലും അറിയണ മന്ത്രം വല്ലതൊക്കെ പറയും പറഞ്ഞോളൂ പറഞ്ഞിട്ട് ബൃഹദാരണ്യകാണെന്ന് പറഞ്ഞോളൂന്നു അതെന്താ സ്വാമി അങ്ങനെ പറയണേ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പോയി നോക്കാൻ പറ്റില്ല വലിയ ഉപനിഷത്താ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബൃഹദാരണ്യകത്തിൽ ഈ മന്ത്രം ഉണ്ടോ ഇല്ലയോ നോക്കി മറ്റേ പണ്ഡിതനെ നിശ്ചയിക്കാൻ കഴിയില്ല അതൊരു കാരണം രണ്ട് എല്ലാ ഉപനിഷത് മന്ത്രവും അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് നീ പറയണത് ഒരു വിധത്തിൽ ശരിയായിരിക്കും രണ്ടാമത് പരീക്ഷിക്കാനും പറ്റില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ശാസ്ത്രേ വാതിഭയം ഗുണേ കലഭയം കായേ കൃതാന്താത്മയം നമ്മളെ നാലാളുകൾ നല്ല ഗുണങ്ങളൊക്കെ ആരോപിച്ച് പുകഴ്ത്തുമ്പോ സ്തുതിക്കുമ്പോ പേടിക്കണം എപ്പോഴാ നിന്ദിക്കാന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് പത്രക്കാർക്കും ടിവിക്കാർക്കും ഒക്കെ ഒരു വഴി തന്നെ അതാണ് ഒരാളെ ഊതി വീർപ്പിച്ച് വല്യ ആളാക്ക എന്നിട്ട് അവസാനം വലൂണ് നല്ലവണ്ണം വീർത്തു കഴിഞ്ഞാൽ സൂചി കൊണ്ട് കുത്തുന്ന പോലെ അവസാനം ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവർക്ക് ഒരു വാർത്തയും കിട്ടിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും പിച്ച് ചെയ്യും അതുകൊണ്ട് ഈ ഗുണം വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ് ഗുണം വന്നു കഴിഞ്ഞാൽ അതിൽ ആസ്വദിക്കുന്ന ആൾക്ക് ദോഷം വന്നുകഴിഞ്ഞാൽ പോയി നമ്മളെ എല്ലാവരും നല്ലത് സന്തോഷിച്ച എപ്പോഴാ നിന്ദിക്കുക എന്നറിയില്ല നിലനിർത്തി കൊണ്ടുപോവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗുണേ കലഭയം കായേ ശരീരമുള്ളവരെ പോവാത്തൊരു പേടിയുണ്ട് മരണഭയം മരണഭയം ശരീരമുള്ളവരെ മൃത്യുവിനെ പേടി അതുകൊണ്ടാണ് ആളുകൾ ഒരു വയസ്സ് കഴിയുമ്പോൾ ആസ്പത്രിക്ക് അടുത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് എടുത്താൽ ഗുരുവായൂരിൽ ഫ്ലാറ്റ് എടുത്ത സന്തോഷമാണ് അവർക്ക് എന്നുവെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പോവാലോ എന്നാണ് റെഡിയായിട്ടിരിക്കുകയാണ് അവർ സേഫാണെന്ന് വിചാരിക്കുകയാണ് ശരീരത്തിനെ മരിക്കാതെ നോക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ഇങ്ങനെ ഭയം നമ്മളുടെ കൂടെപ്പുറപ്പാണ് അത് നമ്മളുടെ ഉള്ളിൽ രൂഢമായിട്ടിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ ഏറ്റവും ബലമായ രൂപമാണ് ഫിയർ എന്ന് പറഞ്ഞത് നമ്മളുടെ ഭയത്തിനെയാണ് എല്ലാരും മുതലെടുക്കുന്നത് മെഡിക്കൽ കമ്പനി ആണെങ്കിലും ശരി ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും ശരി അധ്യാത്മക്കാരാണെങ്കിലും ശരി അമ്പലം എല്ലായിടത്തും ഈ ഭയമില്ലെങ്കിലും ഒന്നും നടക്കില്ല ഭയം നമ്മൾ പല വഴിപാടുകളും പല പൂജകളും ഹോമങ്ങളും അതേപോലെ തന്നെ ഭയമുള്ളതുകൊണ്ടാണ് ആശുപത്രിയും മറ്റ് പലതും നമ്മൾ ചെയ്യുന്നത് ഭയമില്ലാത്തവന് ഇതൊന്നും ബാധകല്ല നാമാർക്കും കുടിയല്ലോം നമനയും അഞ്ചും തിരുനാവ്ക്കരശ സ്വാമികൾ അപ്പർ സ്വാമികൾ പറഞ്ഞു അദ്ദേഹത്തിനെ ഉപദ്രവിച്ച് മുതുകത്ത് കല്ല് കെട്ടി എറിഞ്ഞു എന്നിട്ടും പറഞ്ഞു ഭയപ്പെടില്ല എന്നാണ് നാമാർക്കും കുടിയല്ലോം നമനയും അഞ്ചോം കറ്റുണൈ പൂട്ടിയോർ കടലിനുൾ പായ്ച്ചിനും നത്തുണയാവത് നമശിവായവേ കല്ലുകെട്ടി കടലിലെടുത്തിട്ടാലും ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് ഞാൻ ഭയപ്പെടില്ല എന്നാണ് യമനെ പോലും ഭയപ്പെടില്ല നമനയും അഞ്ചും മൃത്യുഹൂയസ് ഉപസേചനം ജ്ഞാനിക്ക് മൃത്യു എടുത്തു കഴിക്കാനുള്ള അവിയൽ പോലെയാണെന്നാണ് ഭയമില്ല അപ്പോ ആ ലെവൽ ജ്ഞാനത്തിന്റെ ലെവലിലുള്ള അഭയത്തിനെയല്ല ഇവിടെ ഭഗവാൻ പറയണത് ബേസിക് ആയിട്ട് വൈരാഗ്യം കൊണ്ടുവരുന്ന അഭയം വൈരാഗ്യം കൊണ്ടുവരുന്ന അഭയം എന്താ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല പ്രത്യേകിച്ച് അധ്യാത്മ സാധന ചെയ്യാൻ വരുമ്പോ ആളുകള് പലർക്കും കഴിയാത്തത് എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യും നമ്മളുടെ വയറ്റുപ്പഴുപ്പ് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കണം ഇതിന്റെ നടുവിൽ ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ എവിടെ പഠിക്കും എവിടെ ധ്യാനം ചെയ്യും എവിടെ വിചാരം ചെയ്യും ഇതിനൊന്നും സമയമില്ല സൂര്യ ഒദിക്കണോ അസ്തമിക്കണോ സമയം പോയിക്കൊണ്ടേയിരിക്കണോ ഞങ്ങൾക്ക് ഇതിനൊന്നും ടൈം ഇല്ല ബേസിക് കംപ്ലൈന്റ് ഇതാണ് ആദിത്യസ്യ ഗതാഗതൈ അഹർഹ സംശീയത്തെ ജീവിതം വ്യാപാരൈ ബഹുഭാര കാര്യഗുരു കാലോപി നായത്തെ ദൃഷ്ട ജന്മജരാ വിപത്തിമരണം ത്രാസശ്ശനോത്പത്യത്തെ പീവാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത്ത് ഭർത്തഹേരി തന്നെയാ പറയുന്നത് സൂര്യം ഉദിക്കണോ അസ്തമിക്കണോ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അഹരഹ സംശയത്തെ ജീവിതം ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു ദ്വാരമുള്ള കൊടത്തുനിന്ന് വെള്ളം പോകണ പോലെ ആയുസ് പോയിക്കൊണ്ടിരിക്കണം ഇയാള് കോൺഷ്യസാണോ അല്ല എന്നാണ് എന്താന്ന് വെച്ചാൽ എത്ര പണി കിടക്കണു ഐ ടി ജോലി രാവിലെ എട്ട് മണിക്ക് പോയാൽ പന്ത്രണ്ട് മണിക്കാണ് തിരിച്ചു വരണത് വാസ്തവമായിട്ട് തന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല അവർ ജനുവിൻ തന്നെ പറയണു ഞങ്ങൾക്ക് പറ്റണില്ല ചിലരെ വളരെ എനിക്ക് അവരുടെ കണ്ണീർ കാണുമ്പോൾ തോന്നും ഈശ്വരൻ നിശ്ചയമായിട്ട് അവരെ അനുഗ്രഹിക്കും കുറെ കുട്ടികള് വളരെ സിൻസിയറാണ് അവർക്കറിയാം അധ്യാത്മത്തിന്റെ വില അറിയാം ഇത് നേടിയെടുക്കേണ്ടതാണെന്ന് അറിയാം മറ്റൊരു വശത്ത് പിഴിഞ്ഞെടുക്കാണ് സമയമില്ല ഉള്ളിൽ കിടന്നു പുകയണ എത്രയോ പേരുണ്ട് ഒരു വാസ്തവത്തിൽ പറയണു ഞങ്ങൾ വിചാരിച്ചിട്ടും പുറത്തു വരാൻ പറ്റില്ല പത്മവ്യൂഹം പോലെ പെട്ടു പുറത്തു വരാൻ വയ്യ പുറത്തുവരാൻ എന്താ വഴി അവരോട് ഒന്നേ പറയാൻ പറ്റുള്ളൂ ഇനിയും ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളെ റിലീസ് ചെയ്യാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച ചിലരൊക്കെ എപ്പോഴെങ്കിലും കെട്ടൊന്നും പൊട്ടിക്കും പൊട്ടിക്കണത് എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ ബ്രേക്കിംഗ് പോയിന്റ് ഫിയർലെസ്നെസ് ആണ് അഭയമാണ് ബ്രേക്കിംഗ് പോയിന്റ് പുറമേക്ക് റിലീസ് ആവണമെന്നില്ല ഒരു സ്റ്റേജിൽ അവർ തീരുമാനിക്കുകയാണ് ഈ കമ്പനിക്കാരോ ഈ പണമൊന്നുമല്ല എന്റെ സെക്യൂരിറ്റി ഈശ്വരനാണ് ഇതൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല പോണത് പോട്ടെ എന്ന് പറഞ്ഞ് ചുറ്റി ഒരു വശത്തേക്ക് എറിഞ്ഞു പുറത്തു വരാൻ ധൈര്യമുള്ള അപൂർവ ചില ആളുകളുണ്ട് ആ ഭയ അഭയത്തിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത് അത് ഇറ്റ് ഇസ് ബോൺ ഓഫ് ഇന്റലിജൻസ് എന്നുവെച്ചാൽ തനിക്ക് താൻ ഹിതം ചെയ്യണമെന്ന് തീരുമാനിച്ചു താൻ തൻ്റെ ശരീരവും മനസ്സും ഇനി വെറുതെ വ്യർത്ഥമാക്കിക്കളയാനും മുഴുവൻ സമയവും ലോകത്തിന് കൊടുത്തിട്ട് അശാന്തി ഉണ്ടാക്കാനും തയ്യാറല്ല എന്ന് തീരുമാനിച്ചു ഇനി ഈ പാരമാർത്ഥികമായ സത്യം നിശ്ചയിക്കണം തത്വനിശ്ചയം വരുത്തണം ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചതോടുകൂടെ എവിടുന്നോ ഒരു ധൈര്യം ഉള്ളിൽ വന്നു ഒരു പർട്ടിക്കുലർ ബ്രേക്കിംഗ് പോയിന്റ് അവർക്ക് അറിയാം ഈ സമയത്ത് പുറത്തു വരാം ചിലർക്ക് ഈ കാലം വരണേല ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്നാമത് ചിലപ്പോൾ ലക്ഷ്യനിശ്ചയം ഉണ്ടാവില്ല അവർക്ക് ഇനിയിപ്പോ എന്താ ചെയ്യുക ഇതില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ക്വസ്റ്റിനേ ഇല്ല ആരാണോ അവരുടെ മുമ്പില് ഈ അധ്യാത്മമായ ജീവിതം കണ്ടിരിക്കുന്നത് ജീവിക്കാനുള്ള പണവും കയ്യിലുണ്ട് എവിടെയെങ്കിലും ധൈര്യമായിട്ട് ഇനി അങ്ങനെ പൊട്ടിച്ച് പുറത്തു വരണം അത്രയേ ഉള്ളൂ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ ആൾക്ക് ഈ അഭയം പുറവെന്ന് നിൽക്കും ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കുകയാണ് പുറത്തു വരാനായിട്ട് അവകാശം കൊടുക്കുകയാണ് ഈ അഭയമാണ് ഭഗവാൻ ആദ്യം പറയണത് അതൊരു വലിയ ഫോഴ്സാണ് ആ ഫോഴ്സ് ഉണ്ടെങ്കിലേ ഇയാൾക്ക് അധ്യാത്മ സാധനയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വലിയ വല്യ ഭക്തന്മാരുടെ അടുത്തൊക്കെ നമ്മൾ കാണുന്നതാണ് പ്രഹ്ലാദനില് കാണുന്നത് അഭയമാണ് ഇരണ്യ കശിപ്പോയി എന്ത് ചെയ്തിട്ടും കുരുങ്ങിയില്ല ഒരു മീറാബായിയുടെ അടുത്ത് കാണുന്നത് അഭയമാണ് എന്തൊക്കെ ചെയ്ത് നോക്കി റാണ മീറയുടെ ഭർത്താവിന്റെ അനിയങ് ഭർത്താവ് മരിച്ചിട്ട് അനിയൻ വിഷപ്പാമ്പിനെ പറഞ്ഞയച്ചു വിഷം കൊടുത്തു ഇതൊക്കെ മീറയുടെ പാട്ടിൽ തന്നെ വരുന്നുണ്ട് റാണാജീനേ ബിശുഖ്യാളാം അഭയം ഭയമല്ല ആദ്യത്തെ സ്റ്റെപ്പാണത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല നമ്മൾ എത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആളുകൾക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഹിറ്റ്ലറിനെ പോലെ ഉള്ള ആളുകൾ പോലും പേടിത്തൊണ്ടന്മാരായിരുന്നു ഹിറ്റ്ലർ ഉറങ്ങുകയില്ല അത്ര കാരണം തനിക്ക് കാവൽ നിൽക്കണമെന്ന് തന്നെ വെടിവെച്ചാലോ ഒന്ന് പേടി ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സിറ്റുവേഷൻ ഭയം അഭയമില്ല ആർക്ക് അപ്പൊ ഭട്ടതിരി പറയണത് ഉത്തമമായ അഭയമെന്ന് പറയണത് അദ്വൈതത്തിലെ വരുള്ളൂ എങ്കിലും ഗുരുവായൂരപ്പാ അത് വരാത്ത സ്ഥിതിക്ക് നിനക്ക് ഞാൻ ശരണാഗതി ചെയ്തോളാം എന്നാണ് ഭീതിർ നാമദ്വിതീയാത്ഭവതി നനു മനഃക്കൽപ്പിതം ചിവിതീയം ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യ നിരുന്ധ്യം േതു തസ്ൻ പുനദാ ഭാതി മായാ തം ം ഭ സതതമനുഭജീ വീണ്ടും വീണ്ടും ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു പദാർത്ഥമില്ല രണ്ടാമതൊരു വസ്തുവില്ല ഏകമേവ അദ്വിതീയമെന്ന് ഉറപ്പിച്ചാലും ബുദ്ധിയിൽ ഉറപ്പിക്കുന്നതൊന്നും കാര്യം വരുമ്പോൾ നിൽക്കണില്ല എന്നാണ് കാര്യം വരുമ്പോൾ ഭയം വരുന്നു അതുകൊണ്ട് ഭഗവാനെ ഭക്ത്യാഭജന് ഭക്തി കൊണ്ട് ശരണാഗതി ചെയ്ത് ഭഗവാൻ കൂടെയുണ്ട് ഭഗവാനാണ് നമ്മളുടെ രക്ഷണം ഭഗവാനാണ് അഭയം എന്നുള്ള ഭാവത്തില് ഞാനങ്ങനെ ശരണാഗതി ചെയ്തോളാം അങ്ങനെ ഒരു അഭയപ്രധാനം എനിക്ക് ചെയ്തു തരൂ ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് രമണ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയിൽ പറയണം അഞ്ചലൻ്റെ അരുൾ അരുണാചല ഹേ അരുണാചല എന്റെ അഭയം എന്ന് പറയൂ രവണ മഹർഷിയുടെ വളരെ അടുത്ത് ഇരുന്ന് പ്രിയമായിട്ടിരുന്നു ഒരു ഭക്തനുണ്ടായിരുന്നു സബ്രചിസ്ഥാറായിരുന്ന ഒരാള് അദ്ദേഹം വരും മഹർഷിയുടെ അടുത്ത് വരും കാണും ഇരിക്കും ഭക്തിയോടെ ഇരിക്കും അവസാന കാലം മഹർഷിക്ക് ക്യാൻസർ വന്നു ചെറിയൊരു മുറിയിൽ മഹർഷി ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് അതിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പോകും പോകുമ്പോൾ എല്ലാവരും അടുത്ത ഭക്തന്മാർക്കടക്കം ക്യൂവിൽ നിന്ന് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കാണാനേ പറ്റുള്ളൂ അങ്ങനെ പോകുമ്പോ ഈ ഭക്തന് എവിടുന്നില്ലാത്തൊരു ഭയവും വിഷമവും വേദനയും ഒക്കെ അങ്ങോട്ട് പൊങ്ങി വന്നുകൊള്ളില്ലേ എന്താന്ന് വെച്ചാൽ താൻ സർവസ്വമായി കരുതി കൊണ്ടിരുന്ന ഭഗവാൻ പറയാമയ്യ ഞാൻ എന്ത് നേടിയെടുത്തു അത് കഴിഞ്ഞാൽ എനിക്ക് എന്താവോ ഗതി എനിക്ക് ജ്ഞാനവും ഒന്നുമില്ല പുറമേക്കൊരു രൂപത്തിനെ ആശ്രയിച്ചു ഒരു ഗുരുവിനെ ആശ്രയിച്ചു ഇപ്പൊ ആ ഗുരു വിട്ടുപോവാണ് ഞാൻ എവിടെ പോകും വല്ലാത്തൊരു പേടിയും വിഷമവും വേദനയും ഒക്കെ വന്നപ്പോ തെലുങ്കില് ഒരു കടലാസില് ഭഗവാന് എനിക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എഴുതിയിട്ട് കൊടുക്കാൻ പോലും പറ്റില്ല അങ്ങനെ മുമ്പിൽ ഇട്ടു ഭഗവാൻ അതിനിങ്ങനെ എടുത്തു നോക്കിയിട്ട് തെലുങ്കില് തന്നെ തന്നിരിക്കണമെന്ന് പറഞ്ഞു അതയാൾക്ക് ജീവിതം മുഴുവൻ വലിയ ആലംബായിരുന്നു എനിക്ക് എന്താണോ ഏതാണോ എനിക്ക് സദ്ഗുരു അഭയം തന്നിരിക്കണം ഭഗവാൻ അഭയം തന്നിരിക്കണം അഞ്ചൽ ഭയപ്പെടരുത് തമിഴില് പറയുന്നു ഭയപ്പെടരുത് ഞാനുണ്ട് എന്ന് പറയില്ലേ അതുപോലെ ഈശ്വരൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി രാമായണത്തിൽ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞത് അഭയം സർവഭൂതേഭ്യോ ദാമി ഏതത് പുറത്തമ്മമാ വിഭീഷണ ശരണാഗതിയിൽ ആത്മീകരാമായണം അവിടെ അഭയമാണോ കൊടുക്കുന്നത് വിഭീഷണന് നീ ഭയപ്പെടേണ്ട എന്നത് അത് ശരണാഗതി ചെയ്യുമ്പോൾ ഭയം പോയി ഈശ്വരന്റെ അടുത്ത് ചുമതല കൊടുക്കുമ്പോ ഭയം പോയി അതാണ് ആദ്യത്തെ ഗുണം അഭയം നമുക്ക് അഭയത്തിന് ഭക്തി ആണ് വഴി ഭഗവാനെ ശരണാഗതി ചെയ്യാം ഭഗവാനെ പിടിക്കാം നമ്മളൊന്നുമല്ല വണ്ടി ഓടിക്കണത് നമ്മൾ വണ്ടി ഓടിച്ചാൽ കാർ ഓടിക്കാൻ പുറപ്പെട്ടാൽ നമ്മൾ ഫുൾ ശ്രദ്ധ നമ്മൾക്ക് വേണം അല്ലെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ പേടിയില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങാം നല്ല ഡ്രൈവറുടെ അടുത്ത് കൊടുത്താൽ പേടിക്കാതെ ഉറങ്ങാം ഡ്രൈവർക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പേടി ഈശ്വരന്റെ കയ്യിൽ ചുമതല എങ്ങനെ ഏൽപ്പിച്ചാൽ സ്വസ്ഥമായിരുന്നു എനിക്കൊന്നും അറിയില്ല രാമകൃഷ്ണദേവൻ ഇടക്കിടക്ക് പറയും രാമകൃഷ്ണദേവന്റെ ഒരു വഴിയായിരുന്നു അത് നമ്മൾക്ക് ജ്ഞാനികളുടെ മാർഗം ഉപദേശിക്കാൻ അദ്ദേഹം ഇടക്കിടയ്ക്ക് സ്വയം ഇങ്ങനെ പറയും അദ്ദേഹം പറയും എനിക്കൊന്നും അറിയില്ല അമ്മയെല്ലാം നോക്കണു അമ്മയെല്ലാം ചെയ്യണു ഞാൻ ഊണ് കഴിക്കും പാൽ കുടിക്കും ഉറങ്ങുകയൊക്കെ ചെയ്യണു എന്നല്ലത് എനിക്കൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് പറയും രാമകൃഷ്ണദേവൻ അമ്മയാണ് കർത്താവ് ഞാൻ കർത്താവല്ല അമ്മ നടത്തിക്കുന്ന പോലെ ഞാൻ നടക്കണു അമ്മ യന്ത്രീ ഞാൻ യന്ത്രം അമ്മ യജമാനൻ ഞാൻ ദാസൻ അമ്മ പറയിക്കണ പോലെ ഞാൻ പറയണു അമ്മ ചെയ്യിപ്പിക്കണ പോലെ ഞാൻ ചെയ്യണു എനിക്കൊന്നും അറിയില്ല എനിക്ക് യാതൊന്നും അറിയില്ല ഈ യന്ത്രയന്ത്രീ ഭാവം അഭയത്തിനുള്ള വഴിയാണ് നമുക്ക് നമ്മൾ ചുമതല ഏൽക്കുമ്പോഴാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ വീണത് ചുമതല നമ്മുടെ തലയിൽ ഇല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് കൊടുത്താൽ അഭയമാണ് അപ്പൊ ആദ്യത്തെ ക്വാളിറ്റി ഏഴു ദിവസം ഇതൊന്നു വെച്ചുകൊണ്ട് തന്നെ പ്രസംഗിക്കാം ഏഴു ദിവസം വേണമെങ്കിൽ ഈ അഭയം കാരണം ജീവിതത്തിലെ മുഖ്യമായ പ്രശ്നം ഈ ഭയമാണ് ഭയം എവിടെ നിന്ന് വരുന്നു അഹങ്കാരത്തു നിന്നാണ് അഭിമാനത്തു നിന്നാണ് ഭയം വരുന്നത് അഭിമാനത്തിന്റെ ചലനമാണ് ഭയം എന്ന് നമ്മൾ വിളിക്കണത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് സെന്ററുടെ മൂവ്മെന്റ് ആണ് ഫിയർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ അത് നിങ്ങള് വെൻ യു ആർ എസ്റ്റാബ്ലിഷ് ഇൻ യുവർ സെൽഫ് ദർ ഇസ് അബ്സൊലൂട്ട് പ്ലീസ് ശാന്തിയാണ് ഫിയർ വരണത് അപ്പൊ ഭയം എപ്പോൾ വരുന്നു നമ്മൾ വെൻ യു ആർ കംപ്ലീറ്റ്ലി ലോഡ്ജ് ഇൻ ബോഡി ശരീരത്തിൽ നിഷ്ടമാണ് നിങ്ങള് നിങ്ങൾ ദേഹാഭിമാനിയാണ് അപ്പോഴാണ് ഈ ഭയം ഉള്ളിലിട്ട് ചലിപ്പിക്കുന്നത് നാടീ നരമ്പുകളെയൊക്കെ മഥനം ചെയ്യണത് എപ്പോഴെങ്കിലും ഭയത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിട്ടുനിന്ന് ശ്രദ്ധിക്കാം നായ കടിക്കാൻ വരണോ കടിക്കണ കടിക്കാൻ വരണ നായനെയും നോക്കണുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തിനെയും നോക്കണുണ്ട് നിങ്ങൾ വിട്ടുനിന്ന് ഭയമായിട്ട് മാറാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യും നായ കടിക്കാൻ വരുന്ന കണ്ടാൽ ഭയമായിട്ട് മാറും ഒന്നിലോടും അല്ലെങ്കിൽ കല്ലെടുക്കും ഭയത്തിനെ നോക്കുകയാണ് ശ്രദ്ധിക്കുക ആ ഫിയറുടെ മൂവ്മെന്റിനെ ശ്രദ്ധിക്കുക ഭയത്തിന്റെ ഈ മൈക്കിനെ കാണുന്ന പോലെ ആ ഭയത്തിനെ കാണുക ഉള്ളിൽ അപ്പൊ കാണാം ഈ അഭിമാന വൃത്തിയുടെ ചലനമാണത് ഞാൻ എന്നുള്ള ചിജട ഗ്രന്ഥി ഭയം എന്ന് വിളിക്കുന്നത് എനിക്കെന്തെങ്കിലും ആവുമോ അയ്യോ ഞാനെന്ത് ചെയ്യും ചെറിയ ഒരു ലൈൻ ബസ് പിടിക്കാൻ ടൗൺ ബസ് പിടിക്കാനുള്ള സ്ഥലത്ത് മുതൽ കൊണ്ട് ഇത് കാണാം നിങ്ങൾക്ക് ക്യൂല് നിക്കുമ്പോ വേഗം മുമ്പിൽ ചാടി കയറിയിട്ട് ഉള്ളിൽ കയറിയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ ബസ് പോയാലോ അവിടെ തൊട്ട് തുടങ്ങി ജീവിതത്തിലുള്ള സെക്യൂരിറ്റി ഫീലിംഗ് നാളെ എന്ത് ചെയ്യും നമ്മള് നാളത്തേക്ക് എന്ത് ചെയ്യും ഇതൊക്കെ ഭയത്തിന് കാരണം ഈ ഭയം ഈശ്വര ശരണാഗതി അർപ്പണം കൊണ്ട് ഭഗവാന് ശരീരത്തിനെയും മനസ്സിനെയും ത്രികരണങ്ങളെ അർപ്പണം ചെയ്തുകൊണ്ട് ഈ ഭയത്തിന് നിക്കുക എന്നാണ് അത് അവിദ്യമാനോപി അവഭാദി ദ്വയോധ്യ സ്വപ്ന മനോരഥോയാം തത്കർമ്മ സങ്കൽപ്പ വികൽപ്പം മനഃബുധോ നിരുദ്ധ്യാത് അഭയം തത സാത് ഭാഗവതം പറയണേ എപ്പോഴാ അഭയം വരിക എന്ന് വെച്ചാൽ ഈ മനസ്സ് എപ്പ നിരുദ്ധമാവോ മനസ്സ് എപ്പോഴും എപ്പ നിശ്ചലമാവോ ചിത്തവൃത്തികളില്ലേ ഭയമില്ല ഇതൊക്കെ ഒരു ഹയർ ലെവലാണ് ഇപ്പൊ ഭഗവാൻ സാധനയായിട്ട് പറയുന്ന അഭയം രണ്ടും കൽപ്പിച്ച് അധ്യാത്മമാർഗത്തിലെ ഇറങ്ങാനുള്ള ഒരു ഉദ്യമ ശക്തി മാത്രമാണ് ഇപ്പൊ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ബാക്കിയൊക്കെ പിന്നീട് വരേണ്ടതാണ് അധ്യാത്മമാർഗത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് ലോകം ലോകത്തിന് അതിര് കവിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല ലോകത്ത് നമുക്ക് കിട്ടാനുള്ളത് എന്താ ഉണ്ണോ ഉറങ്ങണം ജീവിക്കാനുള്ള വക വേണം അതിന് ഇത്രയൊക്കെ മൃഗങ്ങൾ പോലും നമ്മളെ കണ്ടാൽ പരിഹസിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ തന്നെ വേണ്ടി ഇത്രയൊക്കെ മനുഷ്യൻ മെനക്കണമോ എന്തൊക്കെ വാനിറ്റി എന്തൊക്കെ അഭിമാനം എത്ര പ്രശ്നങ്ങൾ വ്യവഹാരം ഈ വ്യവഹാരം മുഴുവൻ അവിദ്യയിൽ ബേസ്ഡാണ് അതുകൊണ്ടാണ് ജ്ഞാനികൾക്കും വ്യവഹാരവും ചേർന്നു വളരെ ബുദ്ധിമുട്ട് കാരണം സമൂഹം എന്ന് പറയണത് സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ അജ്ഞാനത്തിൽ ബേസ്ഡാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തും നിങ്ങളെ എന്നെ ഭയപ്പെടുത്തും ഇതാണ് നമ്മൾ പരസ്പരം ചെയ്യണ ഉപകാരം ഉപകാരോപകാരക ഭാവം ഈ ഭയം ഒരു ഒരു സർക്കിളാണ് ഒരു ഫീൽഡാണ് ആ ഫീൽഡ് വിട്ട് പുറത്ത് ചാടാനുള്ള ധൈര്യം അതിനാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയണത് ആ വൈരാഗ്യം തന്നെയാണ് ഇവിടെ അഭയം രണ്ടാമത് സത്വസംശുദ്ധിഹി എന്ന് ഭഗവാൻ നമ്മളുടെ ഉള്ളില് രജോ ഗുണം തമോ ഗുണം സത്വഗുണം മൂന്നുമുണ്ട് ഇതില് സത്വഗുണം ശുദ്ധമാവുമ്പോഴാണ് അധ്യാത്മവിഷയങ്ങൾ മനസ്സിലായി തുടങ്ങുന്നത് അല്ലാതെ പറയുന്ന ആളുടെ മിടുക്കുക കൊണ്ടോ പുസ്തകത്തിന്റെ സാമർത്ഥ്യം കൊണ്ടോ അല്ല ആളുകൾ പറയും എന്തൊക്കെയോ പറഞ്ഞു ഒന്നും മനസ്സിലാവണില്ല മനസ്സിലാവാതിരിക്കാൻ കാരണം നമ്മളുടെ ഉള്ളിലുള്ള കുഴപ്പമാണ് മനസ്സിലാവണമെങ്കിൽ സത്വഗുണം ശുദ്ധാവണം സത്വഗുണം എങ്ങനെ ശുദ്ധാവും ചാന്തോഗ്യ ഉപനിഷത്തില് ഒരു മന്ത്രമുണ്ട് നാരദമഹർഷിക്ക് ശരത്കുമാറിന് ഉപദേശിക്കുന്നതാണ് അത് കഴിഞ്ഞ് അവസാനം പറയണു ആഹാരശുദ്ധവും സത്വശുദ്ധി സത്വശുദ്ധൗ്രുവാസ്മൃതി സ്മൃതേർലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ തസ്മൈ മൃതിതകഷായ തമസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാരം സ്കന്ധ ഇത്യാചക്ഷത്തെ സത്വശുദ്ധി ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായാൽ ആത്മവിചാരം ചെയ്യാനുള്ള അപൂർവമായ ശക്തി ഉള്ളിൽ ഉണർന്നെഴുന്നേൽക്കും ആത്മവിചാരം കൊണ്ട് ഇയാൾക്ക് ഉണ്ടാവുന്ന ആത്മാനുഭവം ഇടതടവില്ലാതെ നിൽക്കാനും ഈ സത്വഗുണം സഹായിക്കും അവിഛിന്ന സ്വാനുഭൂതി സ്മൃതി അങ്ങനെ സ്മൃതി ഇടതടവില്ലാതെ നിന്നാൽ അജ്ഞാനഹൃദയഗ്രന്ഥിയുടെ വിപ്രമോക്ഷ വിശേഷേണ വിശിഷ്ടതയാ പ്രമോക്ഷ ഭേദ അജ്ഞാന ഹൃദയഗ്രന്ഥി നീങ്ങി ഇയാള് തത്വജ്ഞാനിയായ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യാർത്ഥം ഇയാൾക്ക് ഹൃദയത്തിൽ പ്രകാശിക്കും അപ്പൊ സത്വഗുണം ശുദ്ധമാവുന്നത് ആഹാര ശുദ്ധാവുമ്പോ എന്നാണ് അപ്പോ ആഹാരം എന്നുള്ളതിന് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പ് വായ കൊണ്ട് കഴിക്കണ ഭക്ഷണം എന്ന് തന്നെ എടുക്കാം ഇതൊക്കെ നമുക്ക് സാധനാപരമാണിത് വായ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷിക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുന്ന ഭക്ഷണം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധാവുന്നതാണ് ഭക്ഷിക്കുന്ന ഭക്ഷണം മൂന്നു വിധത്തിന് പരിണമിക്കണം എന്നാണ് ശ്രുതിപരിണത്വം വേദം പരിണത്രം കഴിക്കുന്ന ഭക്ഷണത്തില് അന്നമശിതം ത്രേധ വിധീയത്തെ തസ് യസ്ഥിഷ്ടോ ധാതു തത് പുരീഷം യോ മധ്യമ തൻ മാംസം യോ നി തന്മഹ ഭക്ഷിക്കുന്ന ഭക്ഷണത്തില് സ്ഥൂലമായ ഭാഗം മലമായിട്ട് വിസർജിച്ചു പോവും യോ മധ്യമ അതിൻ്റെ മധ്യമ ഭാഗം മാംസമായിട്ട് ശരീരത്തിന് കൂടിച്ചേരും യോ അനിഷ്ഠ അതിൻ്റെ സൂക്ഷ്മതമമായ അംശം മനസ്സായിട്ട് ഉള്ളിലിരിക്കും എന്നാണ് അപ്പോ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും മലത്തിന്റെ അംശവും മാംസത്തിന്റെ അംശവും മനസ്സിന്റെ അംശവും ഉണ്ട് അപ്പൊ ആഹാരശുദ്ധി വരുമ്പോ മനസ്സ് ചിത്രം ശുദ്ധാവണോ ആഹാരശുദ്ധി ഏറ്റവും പ്രധാനമാണ് ഭക്ഷിക്കണ ഭക്ഷണം നിരാകരിച്ചിട്ട് കാര്യമില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സനാതനധർമ്മത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥലമാണ് അടുക്കള പൂജാ റൂമല്ല അടുക്കളയാണ് പൂജാ റൂമ് പഴയ വീടുകളിലൊന്നും പൂജാ റൂമേ ഇല്ല ഇന്നത്തെ വീടുകളിലാണ് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പൂജാ റൂമുകളൊക്കെ ഉള്ളത് ഒന്നാമത് പഴയ വീടുകളിൽ പഴയ കാലത്ത് ഫോട്ടോസേ ഇല്ല ഒരു പടം പ്രിന്റൊക്കെ പഴയല്ലേ വന്നത് ചായ ചിത്രം പെയിന്റ് അടിച്ചു വെച്ചാലല്ലേ കിട്ടുള്ളൂ അതുപോലുമില്ല അടുക്കളയാണ് പൂജ സ്ഥാനം എനിക്ക് ഓർമ്മയുള്ള കാലത്ത് പോലും പല വീടുകൾ അടുക്കളയിൽ തന്നെയാ പൂജയും എന്നുവെച്ചാൽ സ്വാമിയെ വെക്കേണ്ട സ്ഥലം അടുക്കളയാണ് അപ്പൊ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണവും അങ്ങനെയിരിക്കും ഒന്ന് രണ്ട് അടുക്കളയെ ആശ്രയിച്ചാണ് വീട് മുഴുവൻ നിൽക്കുന്നത് അവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണം സ്വാഭാവികമായി ദൂഷ്യമുള്ള ഭക്ഷണം സംസർഗം കൊണ്ട് ദൂഷിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യുന്ന ആളെ കൊണ്ട് ദൂഷിക്കുന്ന ഭക്ഷണം അത് വാങ്ങിച്ച ധനം കൊണ്ട് ദൂഷിക്കുന്ന ഭക്ഷണം ഇങ്ങനെ നാല് വിധത്തിലാണ് അതിന് വരണ ആചാര്യന്മാർ പറയണത് ഇതൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് അതിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറല്ല ഇതിപ്പോ ശാസ്ത്രം പറ അത്രേ ഉള്ളൂ ഇതൊക്കെ ഇപ്പൊ ആർക്ക് സാധിക്കുവോ സാധിക്കാം സ്വാഭാവികമായി ദൂഷിച്ച ഭക്ഷണം മനസ്സിനെ ദൂഷിപ്പിക്കുന്ന മത്സ്യം മാംസം മനുഷ്യന് വിധിക്കാത്ത ഭക്ഷണങ്ങളാണ് പലതും മാംസഭക്ഷണം പൊതുവെ ശാസ്ത്രങ്ങള് സനാതനധർമ്മശാസ്ത്രങ്ങള് എല്ലാവർക്കും നിഷേധിക്കുന്നില്ല യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയന്മാർക്കും പരിചരണ കർമ്മങ്ങൾ ചെയ്യുന്ന ശൂദ്രന്മാർക്കും വൈശ്യന്മാർക്കും ഒന്നും നിഷേധിച്ചില്ല വേണമെങ്കിൽ ആവാൻ തുടങ്ങി പക്ഷെ നിങ്ങൾ എപ്പോഴാണോ അധ്യാത്മമാർഗത്തിലേക്ക് വരണത് അപ്പൊ ഇത് വിട്ടേ പറ്റൂന്ന് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ പണിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഒന്നും പറയണില്ല എന്നും ശാസ്ത്രം പറഞ്ഞു ചിലപ്പോഴൊക്കെ വിധിച്ചു കൊടുത്തു അതിനൊരു അതിരുണ്ടാവില്ല ബംഗാളിൽ ഒരു കാലത്ത് ക്ഷാമം വന്നു ഒന്നും ഭക്ഷിക്കാനില്ല ബ്രാഹ്മണരടക്കം എല്ലാവരും വിശന്ന് പൊരിഞ്ഞ് ചാവണ സ്ഥിതി ആയപ്പോ ഒരു ബ്രാഹ്മണന് കാളിയുടെ ദർശനം ഉണ്ടായിട്ട് കാളി പറഞ്ഞു ആ ഗംഗയിൽ എത്രയധികം പച്ചക്കറി ഉണ്ടല്ലോ കഴിച്ചോളൂന്ന് പറഞ്ഞു അത്ര മത്സ്യം അപ്പത്തൊട്ട് അവര് മത്സ്യം കഴിക്കാൻ തുടങ്ങി മത്സ്യം കഴിക്കാൻ തുടങ്ങിയപ്പോ അവസാനം എന്തായി മത്സ്യം ഒരു വിശിഷ്ടാഹാരമായി കല്യാണത്തിനൊക്കെ വളരെ മംഗളദ്രവ്യമായിട്ട് അതിനെയാണ് വെച്ചുകൊണ്ട് ബ്രാഹ്മണരടക്കം അതാണ് ബംഗാളി ബ്രാഹ്മണന്മാരെ കുറിച്ചൊരു ശ്ലോകം കാവികണ്ഠ ഗണപതി മുനി പറഞ്ഞു അസുവ്യയോ വാസ്തു വസുവ്യയോവാ അമീന മീനവ്യസനം തെറ്റം തീയുന്നു പ്രാണം പോയാലും ശരി പണം പോയാലും ശരി പ്രാണം പോയാലും ശരി മീനിന്റെ മണം മാത്രം അവർക്ക് വിടാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ അതിന് അഡിക്റ്റഡ് ആയി കഴിയുമ്പോൾ അത് വിടാൻ വയ്യ അപ്പൊ മത്സ്യമാംസ ഭക്ഷണം പൊതുവെ അംഗീകരിക്കാവുന്നതല്ല അത് അതിന്റെ സ്വാഭാവികമായ ദൂഷ്യം അതുകൂടാതെ ഉള്ളി സബോള വെങ്കായം ഈ ഭക്ഷണങ്ങള് ചില സമയം അധ്യാത്മ സാധകന്മാർക്ക് പോലെ തന്നെ ദൂഷ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഉള്ളി ചിലപ്പോൾ നിങ്ങൾ ആശ്രയപ്പെടും ഉള്ളിയില്ലാതെ ഊണ് കഴിക്കാൻ പറ്റുമോ എന്നാണ് പലർക്കും ആശ്ചര്യം ഞങ്ങളൊന്നും കുട്ടിക്കാലം മുതൽ ഉള്ളിയെ കാണാത്തവരാ ുള്ളിയൊക്കെ കഴിക്കാതെ ജീവിക്കാം അതൊക്കെ തന്നെ സ്വാഭാവികമായി ലശുനം പലാണ്ടു ഇതൊക്കെ തന്നെ സ്വാഭാവിക ദൂഷ്യമുള്ള ഭക്ഷണങ്ങളോട് പെടുത്തിട്ടാണ് പറഞ്ഞത് അതിന് ആയുർവേദപരമായിട്ട് ചിലപ്പോൾ മരുന്നിന്റെ ചില ഗുണമൊക്കെ ഉണ്ടാവുമായിരിക്കും അതൊക്കെ ആവശ്യമുള്ള ചിലർക്ക് വിധിക്കപ്പെടും അവരുടെ കാര്യത്തിൽ ഇതൊന്നും വിധി നിഷേധം പറയാനില്ല ഒരാൾക്ക് വൈദ്യനാണ് പറയണത് നീ ഉള്ളി കഴിക്കൂ വെങ്കായം കഴിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ ഉപയോഗിക്കൂ ചൂടുള്ള ചില സ്ഥലങ്ങളിൽ ഉള്ളി പാക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കും ഇതിനുവെച്ചാൽ ഹീറ്റിന്റെ എഫക്റ്റ് എഫക്റ്റ് ആകുമ്പോ ഇത്തിരി കഴിക്കുകയൊക്കെ ചെയ്യും ചിലർ അവരുടെ കാര്യത്തിലല്ല പറയണത് പക്ഷെ അധ്യാത്മ സാധനക്ക് വരുമ്പോ ഈ ഉള്ളിയും വെങ്കായവും ഇതൊക്കെ തന്നെ ഇയാൾക്ക് മനസ്സിനെ വിക്ഷുബ്ധമാക്കുകയും തത്വനിശ്ചയത്തിന് ബുദ്ധിക്ക് തടസ്സമുണ്ടാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതിപ്രബല സത്വഗുണമുള്ളവരെ ചിലരെ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം പക്ഷെ പൊതുവെ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് അനുകൂലമാണ് സ്വാഭാവികമായ ദൂഷ്യം ഭക്ഷണത്തിന് ഉണ്ടാക്കുന്ന ആള് ദേഷ്യപ്പെട്ടുകൊണ്ടും വെറുത്തുകൊണ്ടും കാമക്രോധാദികളോടുകൂടെയും കുളിക്കാതെയും അശുദ്ധിയോടുകൂടിയും ഒക്കെ ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ അതും വലിക്കുന്നതാണ് ചിലപ്പോ തലയൊക്കെ ഇങ്ങനെ കോതിയിട്ട് വേറെ ഒരു കൈ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിയുമ്പോൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന്റെ വലുപ്പത്തിൽ ഒരു ഉരുണ്ട കൈ കിട്ടും ഇതൊക്കെ രാമാനുസരാചാര്യർ പറഞ്ഞിട്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ വരുന്ന ദൂഷ്യങ്ങളാണ് സംസർഗദോഷാണ് നോക്കൂ ഇതൊക്കെ ഈ ദൂഷ്യമൊക്കെ നിങ്ങൾ കണ്ടാൽ ദേഷ്യപ്പെടുകയോ വെറുക്കയെ ശണ്ട കൂടുകയോ വീട്ടിൽ കുരുക്ഷേത്രമാക്കണ്ട പക്ഷെ ഇത് വരാതെ ശ്രദ്ധിക്കണത് നല്ലതാണ് അത്രയേ ഉള്ളൂ ഇത് സംസർഗദോഷാണ് ആഹാരത്തിന് സ്വാഭാവിക ദോഷം സംസർഗോഷം പിന്നെ പറ്റിച്ചിട്ടും കള്ളം പറഞ്ഞിട്ടും പൊതുവെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലാന്ന് പറയും കാര്യം എന്താന്ന് വെച്ചാൽ ഹോട്ടൽ കാരന് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല അയാൾക്ക് ധർമ്മം ചെയ്യണമെന്നുള്ള വിചാരമൊന്നുമില്ല അയാള് ഭക്ഷണം വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അയാൾക്ക് പണം കിട്ടണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണം ദുഷിച്ചതാണെന്ന് ഒരു ചൊല്ലും പക്ഷെ ചിലർക്ക് ഹോട്ടൽ ഭക്ഷണം അല്ലാതെ വേറെ ഒന്നും നിവൃത്തിയില്ല എന്ന് വരുന്നവരുണ്ട് അവരുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല സ്വയം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ലത് സ്വയം പാകം ഏറ്റവും നല്ല ചര്യാണ് നല്ല സ്വയമേവ പാചകം എന്നിട്ട് ഭക്ഷിക്കാം ഇല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ ഒക്കെ ഉണ്ടാക്കി തരികയാണെങ്കിൽ നല്ലത് സ്വയം പാചകം ചെയ്യണത് ഉത്തമം വേദാന്ത ശ്രവണം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല അനുകൂല വ്രതചര്യയാണ് സ്വയംഭാഗം എന്ന് പറയണത് അവർ തന്നെ പാചകം ചെയ്യാം അവർ തന്നെ പാചകം ചെയ്യാം പാചകം ചെയ്ത് ഭക്ഷിക്കുക വളരെ ശുദ്ധമാണ് യോഗ ഒരു മുഖ്യമായ അംശമാണ് സ്വയംഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കില്ല സാധിക്കുന്നവർക്ക് നല്ലതാണ് സ്വയംഭാഗം ചിലരൊക്കെ സ്വയംഭാഗത്തിന് സൗകര്യം ഉണ്ടായിരുന്നിട്ട് ഹോട്ടൽ ഭക്ഷിച്ചിരിക്കുന്നവരുണ്ട് അപ്പോ കഴിയുന്നതും ഹോട്ടല് ഭക്ഷണമൊന്നും വേണ്ട സ്വയംഭാഗം ചെയ്ത് കഴിച്ചാൽ സത്ഗുണവും ശുദ്ധവും വേണ്ടത്ര കഴിച്ചാ മതി ശരി ഒക്കെ സ്വയംഭാഗാണ് ഒരു മല കൂട്ടി വച്ച് ഭക്ഷിക്കേണ്ടർത്ഥം വേണ്ടത്ര കഴിച്ചാ മതി അല്പം കഴിച്ചാ മതി ശരീരനിർവഹണത്തിനായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സത്വശുദ്ധി ആഹാരശുദ്ധവും സത്വശുദ്ധി ഇനിയിപ്പോ ആഹ്രിയ ആഹാര ഉള്ളിലേക്ക് ആഹരിക്കപ്പെടുന്നതാണ് ആഹാരം കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും സർവേന്ദ്രിയങ്ങളിലൂടെയും ഉള്ളിലെടുക്കണതൊക്കെ ആഹാരമാണ് അതൊക്കെ ശുദ്ധമാവുമ്പോഴേ സത്വഗുണശുദ്ധ ആവുള്ളൂ എന്നുള്ളതാണ് മറ്റൊരർത്ഥം ആയതുകൊണ്ട് മാത്രമല്ല ആയതുകൊണ്ട് എടുക്കുന്നത് ഒരു മുഖ്യ അംഗമാണെങ്കിലും ബാക്കിയൊക്കെ ശുദ്ധാവണത് എപ്പോഴാന്ന് വെച്ചാൽ അദ്വൈത ജ്ഞാനം കൊണ്ട് ശുദ്ധ ശുദ്ധാവുള്ളൂ തന്നെ ഭൂമാവിദ്യ പറഞ്ഞിട്ട് അവസാനമാണ് ഈ കാര്യം പറയണത് അവിടെ എല്ലാം ആത്മാവിൽ നിന്നാണ് പുറപ്പെടുന്നത് ആത്മാവിലാണ് നിൽക്കുന്നത് എല്ലാം ആത്മസ്വരൂപം തന്നെയാണെന്നുള്ള ജ്ഞാനം കൊണ്ടാണ് സർവേന്ദ്രിയത്തിലൂടെയും വരുന്ന വൃത്തികളൊക്കെ തന്നെ ശുദ്ധമാവുന്നത് അതുകൊണ്ട് ആഹാര ശുദ്ധവും സത്വശുദ്ധി പതുക്കെ പതുക്കെ ഭഗവത് പ്രസാദം ഭക്തി സ്മരണം കൊണ്ടൊക്കെ തന്നെ ചിത്രം ശുദ്ധമാവും ഭക്ഷണം പൊതുവെ ഭഗവാന് നേദിച്ചു കൊടുക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അതൊരു തന്ത്രവിധി പ്രകാരം ഭക്തിശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ള ഒരു സൂത്രപ്പണിയാണത് ആളുകളെ ശുദ്ധമാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കൃപയ്ക്ക് പ്രവർത്തിക്കാൻ എന്താ ഹോമിയോപതി പിൽസ് അതിനകത്ത് ഒരു മരുന്ന് ഒഴിച്ചിട്ട് കുലുക്കി തരണ പോലെ ഈ നിവേദ്യം എന്ന് പറയുന്നത് ഭഗവത് ഭക്തിക്ക് ഒരു മാർഗാണ് രാമാനുജാചാര്യരുടെ സമ്പ്രദായത്തിൽ രാമാനുജന്റെ ഗുരുവായിട്ടുള്ള ആളവന്താർ ആളവന്താറിനെ ആൾക്കൊള്ളുന്നത് അങ്ങനെയാണ് അദ്ദേഹം രാജാവായിരുന്നു കുറച്ചു രാജ്യം ഭരിച്ചു അപ്പൊ അദ്ദേഹം പരമഭക്തനാണ് അദ്ദേഹത്തിനെ സമീപിച്ചു ഉപദേശിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പൊ ഒരു പരമ വൈഷ്ണവനായ ഒരു ഭക്തൻ എന്ത് ചെയ്തു വെച്ചാൽ ദിവസം ആളെ എന്താർക്ക് അയാളുടെ കുശിനിക്കാരന് അടുക്കളപ്പണിക്കാരനെടുത്ത് പോയിട്ട് ഓർമ്മയുണ്ടോ കേൾക്കീരെ തൂതുവള തൂതുള തൂതുവള തൂതുവള കീരാ ഭഗവത് പ്രസാദായിട്ട് ഭഗവാന് നേദിച്ചിട്ട് കൊണ്ടു കൊടുക്കും അടുക്കളയിൽ ഈ തൂതുവിള ദിവസം നേതിച്ച് ഭക്ഷിച്ചു ഭക്ഷിച്ച് ചിത്തൻ ശുദ്ധായി എന്നാണ് ആരുടെടുത്തും പറയാതെ അടുക്കള കൊണ്ടു കൊടുക്കും ഈ തൂത്തുവിള അടുക്കളക്കാരൻ തൂതുവിള ഭഗവാന് നേദിച്ച തൂതുവിള കൂട്ടാൻ കൊടുക്കും കുറെ കഴിഞ്ഞപ്പോ ഈ തൂതുവിള ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ലാന്നായി ചിത്തൻ ശുദ്ധായി പ്രസന്നായി മനസ്സ് ഭഗവത് ഭക്തിയോഗ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗ ഭിത്യേ ഹൃദയഗ്രന്ഥി ഛിദ്ശയാകർമാണി इनको ഭാഗവതം പറയും പ്രസന്നം ചിത്തം പ്രസന്നമാവും തോറും ഭഗവത് ഭക്തി ഹൃദയത്തിലുണ്ടാകും ഇങ്ങനെ ദൂതുവെള്ള കൊടുത്ത് കൊടുത്ത് അവസാനം ദൂത് വെള്ള കൊടുക്കണമെന്ന് നിർത്തി അപ്പോഴാണ് ചോദിക്കുന്നത് രാജാവ് ആരായി കൊണ്ടു തന്നത് ഒരു ബ്രാഹ്മണൻ കൊണ്ടുവന്നിപ്പോ കാണാനില്ല ഇനി വന്നാ വരാൻ പറയൂന്നുള്ളൂ അപ്പൊ ഒരു ദിവസം വന്നു അപ്പൊ വിളിച്ചു എന്തിനാ ഈ തൂതുവിള കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങളുടെ പരമ്പരയായിട്ടുള്ള ഒരു വലിയ നിധി ഉണ്ട് ആ നിധി നിങ്ങളെ ഏൽപ്പിക്കണം അതിന് നിങ്ങളുടെ അടുത്ത് ഒരു സമീപിക്കാൻ എനിക്കൊരു സന്ദർഭം ഉണ്ടാക്കാനാണ് ഈ തൂതുവിള കൊണ്ടുവന്ന് തന്നത് എവിടെയാ നിധി ഉള്ളത് രാജ്യത്തിൽ ഇത്തിരി പണം കമ്മിയാണ് ഖജാനാവില് എവിടെയാ നിധി എന്റെ കൂടെ വരൂന്നുള്ളൂ കൂട്ടിക്കൊണ്ട് നടന്നു തനിച്ച് പോണവഴി മുഴുവൻ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുസവ മാമകുറവ സഞ്ജയാ എന്ന് തുടങ്ങി ഭഗവത്ഗീത അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോയി സർവധർമാൻ പരിതജ്യമാമേകം ശരണം വ്ര അഹം വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആളവന്താർ പറയാണ് എനിക്ക് നിധിയൊന്നും വേണ്ട ഈ നിധി ഞാൻ ഭിക്ഷയാജിക്കുകയാണ് ഈ ഗീത ഈ ഭാഗവത ധർമ്മത്തിനെ എനിക്ക് വഴി കാണിക്കൂ അപ്പോ ആ ഭാഗവത പറഞ്ഞു ഇത് ഉപദേശിക്കാൻ തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് വേറെ നിധിയും ട്രഷറൊന്നുമില്ല ഈ നിധി അങ്ങയുടെ അകത്തുണ്ട് അത് കാണിച്ചു തരാനാണ് അസ്ഥിമേ ഹസ്തി ശൈലാഗ്രേ വസ്തു പൈതാമഹം ധനം വലിയ ധനം ഉണ്ടെന്നാണ് ലോകത്തിലൊന്നുമല്ല ഭഗവാനാണ് ധനം ആ ധനം കാണിച്ചു തരാനാണ് ഞാൻ വിളിച്ചുകൊണ്ടുവന്നത് ഭക്ഷണത്തിലൂടെ ആൾക്കൊള്ളലാണ് ഭക്ഷണം ശുദ്ധമാവുമ്പോ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധാവുമ്പോ പതുക്കെ പതുക്കെ ഭഗവത് സ്മൃതി ഭഗവത് വിചാരം ഭഗവത് ധ്യാനം ഭഗവത് അനുസന്ധാനം ഉണ്ടായിത്തുടങ്ങി ഗുരുവായൂർ പോയി ഭഗവാന് നേദിച്ച പടച്ചോറും ഭാഗവതം വായിച്ച് നാരായണിയും വായിച്ച് നാമം ജപിച്ചിരിക്കുക എന്നുള്ളൊരു സമ്പ്രദായമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ആ ഒരു ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുക ഭജനയിരിക്കുക ഓക്കെ അങ്ങനെ ചിത്തശുദ്ധ ചിത്തശുദ്ധി വന്ന് അനേകം ഭാഗവതന്മാര് ഗുരുവായൂരപ്പനെ ചുറ്റി ഉണ്ടായിരുന്നുണ്ട് ഭിക്ഷാന്നം ശുദ്ധി സത്വഗുണശുദ്ധിക്കാണ് മാധുഗരി ഭിക്ഷ പല വീടുകളിലായി പുഷ്പത്തിൽ നിന്നും രസമെടുക്കുന്ന വണ്ടുപോലെ ഭിക്ഷയെടുത്ത് ഭക്ഷിക്കുക ആർക്കും ഒരു കൊടുക്കാതെ പരമഹംസം സന്യാസികളുടെ ഭിക്ഷ ഒരു വീട്ടിലെ അടുപ്പ് കൊളുത്തി പോക കെട്ട ശേഷം രണ്ട് നാഴികയ്ക്ക് ശേഷം വീട്ടിൽ പോയി ഭിക്ഷെടുക്കും എന്ന് വെച്ചാൽ അവരൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് വാങ്ങിക്കാം അതും സത്വഗുണശുദ്ധിക്കാണ് ഇങ്ങനെയൊക്കെ സത്വഗുണം ശുദ്ധാവുമ്പോ ചിത്തത്തിലെ ഭഗവത് സ്മൃതി ആത്മജ്ഞാനം ഇപ്പൊ ഗീതയൊക്കെ കേൾക്കുമ്പോ തെളിയും മനസ്സിലാവും നമുക്ക് ഗീതയൊക്കെ കേൾക്കുമ്പോ ഭാഗവതമൊക്കെ കേൾക്കുമ്പോ രുചി ഉണ്ടാവണ്ട് ആത്മാനുസന്ധാനം സിദ്ധിക്കുന്നുണ്ട് ആത്മവിശാരം ഉണ്ടെങ്കിൽ സത്വഗുണശുദ്ധി ഉണ്ടെന്നർത്ഥം ഇല്ലെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ കൂടെ ചെയ്തു വേണം സത്വഗുണം സമ്പാദിക്കാൻ അഭയം സത്വസംശുദ്ധി അഭയം സത്വ സംശുദ്ധി സംവ്യവഹാരേഷ പരവഞ്ചനാമായാദി പരിവർജനം ശുദ്ധ സത്വഭാവന വ്യവഹാര സത്വശുദ്ധി ഉണ്ടാവുമ്പോ പരവഞ്ചനയും കള്ളവും കപടവും ഒന്നുണ്ടാവില്ല അയാള് ഹൃദയശുദ്ധി ഉള്ള മനുഷ്യന്റെ അടുത്തിരിക്കുമ്പോ തന്നെ സരളത രാമകൃഷ്ണ പരമംസർ പറയും സരളതയാണോ ഒരാൾ ഭഗവത് ഭക്തനാണോ അല്ലയോ എന്നുള്ളതിന്റെ നിശ്ചയം ഉള്ളിലൊണ്ടുപയത്തു പുറമുണ്ടുപേശുവാർ ഉറവ് കലവാമൈ വേണ്ടും എന്നൊരു ഭക്തൻ പാടി ഉള്ളിലൊന്ന് വെക്കാം പുറത്തൊന്നും പറയാം അതൊന്നും അവർക്ക് സാധ്യല്ല സത്വഗുണം ശുദ്ധമാണ് സത്വഗുണം ശുദ്ധമാവുമ്പോഴാണ് ശ്രദ്ധ ഉദിക്കുന്നത് നചിക്കേ തസ്സിന് കഠോപനിഷത്ത് പറയുന്നു ശ്രദ്ധാവിവേഷ ശ്രദ്ധ ഉണർന്നു എന്നാണ് ശ്രദ്ധ ഉണരുമ്പോഴാണ് തൻ്റെ അച്ഛന്റെ ഹിതത്തിനെ കുട്ടി ചിന്തിക്കുന്നത് ബുദ്ധന് സിദ്ധാർത്ഥ ഉള്ളിൽ സത്വശുദ്ധി ഉണ്ടായപ്പോഴാണ് മരണം ജനനം വ്യാധി ഇതിനെക്കുറിച്ചൊക്കെ വിചാരണം ചെയ്തത് പതിനേഴ് വയസ്സ് പ്രായമുള്ള രമണ മഹർഷിക്ക് സത്വശുദ്ധി ഉണ്ടായപ്പോഴാണ് മധുരയിൽ മരണം മുമ്പിൽ വന്നപ്പോ ഭയവും തോന്നിയില്ല മാത്രല്ല വിചാരം ചെയ്തു ആർക്കാ മരണം ഈ ശരീരം മരിക്കണു ശരീരത്തിനെ കൊണ്ടുപോയി എരിച്ചു കളയുമ്പോൾ എനിക്ക് മരണമുണ്ടോ ഇല്ല ഞാൻ മരണമില്ലാത്ത ബോധമാണ് എന്ന് നിശ്ചയിക്കുന്നതൊക്കെ സത്വശുദ്ധി കൊണ്ടാണ് സത്വശുദ്ധി തെളിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് അൽ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ തന്നെ തത്വനിഷ്ഠ ഉണ്ടായി ജ്ഞാനനിഷ്ഠ ഉണ്ടാവും അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി അടുത്ത വാക്ക് തന്നെ പറയുന്നത് ഭയമില്ല എന്നുവെച്ചാൽ വൈരാഗ്യുണ്ട് സത്വസംശുദ്ധി എന്ന് വെച്ചാൽ വിചാരണ്ട് ശുഭേച്ഛ വിചാരണ അപ്പൊ അടുത്തത് സത്വാപത്തി ഇയാൾക്ക് ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി ജ്ഞാനയോഗ വ്യവസ്ഥിതി ആചാര്യസ്വാമികൾ പിരിക്കുകയാണ് ജ്ഞാനം ചെ യോഗ് എന്ന് പിരിക്കുകയാണ് എന്നുവെച്ചാൽ ജ്ഞാനം എന്നുവെച്ചാൽ ആത്മാവിനെ കുറിച്ചും മറ്റുമൊക്കെ ശാസ്ത്രങ്ങളെന്നൊക്കെ അറിയണ ജ്ഞാനം എന്നാണ് ആദ്യം ബേസിക് അറിവ് നമ്മള് ശരീരമല്ല മനസ്സല്ല പിന്നെ എന്താ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായി ഉള്ളിൽ എന്തോന്നുണ്ട് അങ്ങനെയാണ് ആദ്യം അറിയണത് പലരും വിചാരിക്കണം എന്തോ വിളക്ക് പോലെ എന്തോന്നുണ്ടോ ജ്യോതി പോലെ എന്തോന്നുണ്ടോ എന്തോ പ്രകാശിക്കണുണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഭാവന തോന്നും ആ ഭാവനയൊക്കെ തന്നെ നല്ലതാ വെച്ചാൽ ആദ്യമൊക്കെ തന്നെ വസ്തുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഭാവന ഞാനയോഗ വ്യവസ്ഥിതി ആദ്യം ആ ഭാവനാമയമാണ് ആ ഭാവന തന്നെ വലിയ അനുഗ്രഹമാണ് അടുത്തത് അതിന് യോഗം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആ വസ്തുവിനെ അനുസന്ധാനം ചെയ്യാറ് വേദത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് കേൾക്കുന്നു കേട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല പിന്നെ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ് എന്നൊക്കെ വിചാരം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് ചിത്തവൃത്തിശൂന്യമായ കേവല നിർവികൽപ്പമായ ചിന്മാത്രമായ സ്ഥിതിയില് ഇരുന്ന് അഭ്യസിക്കുന്നു ഇതിന് ജ്ഞാനയോഗം എന്ന് പറയുന്നു വൈരാഗ്യവും സത്വഗുണവും ഉള്ള ആൾക്കെ ഈ ജ്ഞാനയോഗ വ്യവസ്ഥിതി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സത്വഗുണവും വൈരാഗ്യവും ഇല്ലെങ്കിൽ ഉപനിഷദ് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എല്ലാ പുസ്തകങ്ങളും വാങ്ങി വീട്ടില് ഒരു കണ്ണാടി അലമാറയില് വരിയായിട്ട് വെക്കാം ഇടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വിളിച്ച അന്ന് രണ്ടു മൂന്ന് എടുത്തിട്ട് പഠിക്കാം പിന്നെ ടി വി കാര്പ്പോ ആരെയാ കിട്ടാന്ന് നോക്കിക്കൊണ്ട് നടക്കണ്ട് ടി നമുക്ക് പോയിട്ട് ഇത്തിരി പ്രസംഗിക്കാം ഒക്കെ കഴിഞ്ഞിട്ട് വ്യവസ്ഥിതി ഉണ്ടാവില്ല ശാസ്ത്രത്തിൽ നിന്നൊക്കെ എടുക്കാം ബൈഹാർട്ട് പക്ഷെ നമുക്ക് ആ സ്ഥിതിയിലിരിക്കാൻ പറ്റാം എപ്പോഴാണോ അഭയവും സത്വസംശുദ്ധിയും ഉള്ളത് അപ്പൊ ഞാന യോഗം എനിക്ക് പറയാനുള്ളതോ പ്രസംഗിക്കാനുള്ളതോ മാത്രമല്ല എന്റെ ശാന്തിക്ക് എന്റെ സർവത്തോ ഭദ്രതക്ക് എനിക്ക് മംഗളം ഉണ്ടാവാനായിട്ട് ഭദ്രം കണ്ണേഭി ശ്രണുയാമ ദേവാഹ ഭദ്രം പശ്യേമ ക്ഷത്രൈ व्यशेम യശേമ ദിവതായു എനിക്ക് ഭദ്രം മംഗളം ശാന്തി അമൃതാനുഭവം ഉണ്ടാവാനായിട്ട് അത് പ്രയോജനപ്പെടുമ്പോ വ്യവസ്ഥിതി ഉണ്ടതിന് അപ്പോഴാണ് ജ്ഞാനയോഗ്യവസ്ഥിതി ജ്ഞാനം ശാസ്ത്ര ആചാര്യത ആത്മാതി പദാർത്ഥാഗതം ഇന്ദ്രിയാതി ഉപസംഹാരേണ ഏകാഗ്രതയാ സ്വാത്മസംവേദ്യതാപാദനം യോഗയോഗയോ വ്യവസ്ഥിതി വ്യവസ്ഥാനം തന്നയോഗ്യവസ്ഥിതി എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് കേട്ടതിനെ സ്വാനുഭൂതിയിലേക്ക് കൊണ്ടുവരിക കൃതകൃത്യനാവുക ഇനിമേലാൽ ഉപനിഷത്തോ ഗീതയോ അല്ല എന്റെ തന്നെ അത് അനുഭവമാണ് എന്ന് അനുഭവാവസാനത്വം ഉണ്ടാവുക എനിക്ക് തന്നെ അത് പൂർണ്ണമായ കൺവിക്ഷൻ തത്വനിശ്ചയം ഉണ്ടാവുകയാണ് ശാന്തി ഉണ്ടാവുകയാണ് എനിക്ക് തന്നെ നിറവ് ധന്യത ഉണ്ടാവുകയാണ് ആനന്ദം ഉണ്ടാവുകയാണ് അതിനാണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറഞ്ഞത് ഏഴു ദിവസം കേട്ടത് തന്നെ പരീക്ഷത്ത് പറഞ്ഞു സിദ്ധോസ്മി അനുഗ്രഹീത്തോസ്മി ഞാൻ ഭഗവാനെ സിദ്ധനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു അവിടുന്ന് എനിക്ക് വഴി കാണിച്ചു ആ വ്യവസ്ഥിതി ആ തത്പതനിഷ്ഠ ഉണ്ടായി ആ തത്പതനിഷ്ഠയാണ് വ്യവസ്ഥിതി എന്ന് പറഞ്ഞത് ഇതിന് ആദ്യത്തെ രണ്ട് ക്വാളിറ്റീസും വേണം അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ധമശ് യജ്ഞസ് സ്വാധ്യായ സ്തവ ആർജവം ഇവിടെ ദാനം എന്ന് വെച്ചാൽ ഒന്നും തന്റേതല്ല എന്ന് കരുതി തനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആർക്ക് വേണമെങ്കിൽ കൊടുക്കും ഒരു ആന്തരിക യജനമാണ് ചുരുക്കത്തിൽ നമ്മളുടെ അഭിമാന വൃത്തി നമ്മൾക്ക് ജ്ഞാനനിഷ്ഠ വരണ വരെ ഈഗോവിനെ നമ്മൾ വേണമെങ്കിൽ സപ്രസ് ചെയ്യാം പക്ഷെ ഈഗോ നമ്മളെ അറിയാതെ എക്സ്പ്രസ് ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോ എന്റേതാണെന്ന് നമ്മൾ പിടിച്ചു ഒരു വസ്തുവിനോടും നമുക്ക് എന്റെ എന്നുള്ള അഭിമാനം ഇല്ലാതെ എന്ത് വേണമെങ്കിലും ഭഗവാൻ ഭാഗവത്തിന് പറയുന്നു എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അതൊക്കെ കൊടുക്കൂ എന്നാണ് ഇഷ്ടപ്പെടാത്തത് ഭഗവാൻ കൊടുക്കലല്ല കൊടുക്കണവർക്കൊ കൊടുക്കണവരെയൊക്കെ ഭഗവാനാണെന്ന് കരുതിക്കൊണ്ട് ഇപ്പോ കൃഷ്ണാഭായി മാതാജിയുടെ കഥ പറഞ്ഞ പോലെ അമ്മ കൊടുത്ത പോലെ കൊടുക്കണമെങ്കിൽ അതിനാണ് ദാനം എന്ന് വരും ആ വാങ്ങിക്കണ ആള് ഭഗവാനാണെന്ന് കരുതികൊണ്ട് കൊടുക്ക അതായത് ഭഗവാൻ നമുക്ക് എങ്ങനെ തരണോ അത് മാതിരി നമ്മൾ കൊടുക്കണം നമ്മൾ എത്ര പ്രാവശ്യം ഭഗവാനെടുത്ത് പോണൂല ഓരോ കാര്യത്തിനും ഭഗവാനോട് പോയി ചോദിക്കണു പ്രകൃതിയിൽ ഭഗവാൻ എല്ലായിട്ട് തരുന്നുണ്ട് ഓക്സിജൻ ഒക്കെ നമ്മൾ ചോദിച്ചിട്ടാണോ വാങ്ങിക്കുന്നത് പ്രകൃതിയിൽ ദാനം സ്വാഭാവികമാണ് ദാനം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഓക്സിജൻ ചെടികളിൽ നിന്ന് കിട്ടണമെന്ന് പറയുമ്പോൾ ചെടികൾ പറയണത് അവരുടെ പുസ്തകങ്ങളൊക്കെ അവരുടെ സ്കൂളിൽ അവർ പഠിക്കണത് മനുഷ്യർ നമുക്ക് കാർബൺ കാർബൺ ഡയോക്സൈഡ് തരണു നമുക്ക് കാർബൺ ഡയോക്സൈഡ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ വേണം വേണ്ട വെച്ചാലും നമ്മൾ ദാനം ചെയ്യേണ്ട അതേപോലെ തന്നെ അഭിമാനമില്ലാതെ പദാർത്ഥങ്ങളിൽ അഭിമാനം ഇല്ലാതിരിക്കൽ തന്നെ ദാനാണ് ദമ ഇന്ദ്രിയ നിഗ്രഹം ആണ് ദമം ദമം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്യലിന് പേരാണ് ധനം ദമം എത്ര യേഷാം അധികൃതനാം യാകൃതി ദാനം യഥാശക്തി സംവിഭാഗ അന്നാദീനം മുഖ്യമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്ക് ചുറ്റും വേണ്ടവർക്കും ഒക്കെ അതാണ് ദാനം പിന്നെ ദമഹ ദമ്യ കരണാനം ഉപശമഹ ഇന്ദ്രിയങ്ങളെ അടക്കം ചെയ്യണത് ദമം സർവേന്ദ്രിയങ്ങളെയും ഭഗവത് അർപ്പണമാക്കണത് ദമം ധമശ് യജ്ഞ യജ്ഞം എന്ന് പറയുന്നത് അഗ്നിഹോത്രം സ്മാർത്ഥം ദേവയജ്ഞം എന്നൊക്കെയാണ് ശങ്കരാചാര്യർ പറയണത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യപ്പെടുന്നതൊക്കെ യജ്ഞമാണ് യജ്ഞോ യജ്ഞപതിര് യജ്വാ യാംഗോ യജ്ഞവാഹന യജ്ഞത്യജ്ഞകൃത് യജ്ഞ യജ്ഞുക് യജ്ഞസാധന യജ്ഞാതകൃ യജ്ഞുഹ്യം അന്നം അന്നാദവ വിഷ്ണു സഹസ്രനാമത്തിൽ യജ്ഞത്തിനെ തന്നെ ഭഗവാന്റെ സ്വരൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് യജ്ഞോ വൈ വിഷ്ണു അതുകൊണ്ട് യജ്ഞം ദാനം ദമശ് യജ്ഞ സ്വാധ്യായ തപഹ ആർജവും ഈ മൂന്ന് വിഷയങ്ങൾ വളരെ പ്രധാനമാണ് നമുക്ക് ചെയ്യാവുന്ന സാധനയാണ് ഒന്ന് സ്വാധ്യായം സ്വാധ്യായം എന്നുള്ളതിനെ ബേസിക് ആയിട്ടുള്ള അർത്ഥം ഈ ഉപനിഷത്തും ഭാഗവതവും ഭഗവത്ഗീതയും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷികൾ തന്നിട്ട് പോയിരിക്കുന്നത് പരമ്പര പരമ്പരയായി സംരക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഈ ശാസ്ത്രങ്ങളൊക്കെ ഒരു പിഴവ് വരാതെ ഈ ശാസ്ത്രങ്ങൾ സംരക്ഷിക്കപ്പെടുത്തുന്നത് അതുകൊണ്ട് ഋഷി ഋണം എന്ന് നമുക്കൊന്നുണ്ട് ഋഷികളുടെ കടം തീർക്കാം ആ കടം തീർത്തിട്ടില്ലെങ്കിൽ അതൊരു തരത്തിൽ ബ്രഹ്മഹത്യയാണെന്നാണ് ഋഷികളോടുള്ള കടം തീർത്തിട്ടില്ലെങ്കിൽ ഒരു രൂപത്തിൽ ഒരു ബ്രഹ്മഹത്യ നമ്മളുടെ ഉള്ളിൽ നിൽക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മയജ്ഞം എന്നൊരു അനുഷ്ഠാനം ബ്രാഹ്മണരുടെ ഇടയിൽ ഉണ്ട് പലരും ചെയ്യുന്നുണ്ട് അതൊരു തരത്തിലൊരു ഒരു കർമ്മം മാത്രമേ ഉള്ളൂ ഇപ്പോ ശരിക്കും ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് ഉത്തമാർത്ഥത്തില് ബ്രഹ്മവിദ്യാപരമായ ശാസ്ത്രങ്ങളെ ദിവസം കുറച്ചു നേരമെങ്കിലും അനുഷ് നിത്യാനുഷ്ഠാനത്തിന് ശേഷം പഠിക്കുന്നതിന് പേരാണ് ബ്രഹ്മയജ്ഞം നമുക്ക് തത്വനിശ്ചയം ഉണ്ടാവണവരെ തത്വനിശ്ചയുണ്ടായ ആൾക്ക് പുസ്തകം കൊണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ തത്വനിശ്ചയുണ്ടാവണവരെ എപ്പോഴെങ്കിലും ഒരു സത്സംഗത്തിൽ കേൾക്കൽ മാത്രമല്ല ശ്രദ്ധയോടുകൂടെ നമുക്ക് നമ്മുടെ മനസ്സ് തുരുതുരാ അതിൽ പോകുന്നവരെ നമുക്ക് പോയിട്ടില്ലെങ്കിൽ അതൊരു തപസ്സായ അനുഷ്ഠാനമായി ആരെങ്കിലും ഒരു സ്പൂൺ ഫീഡിംഗ് ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ മെനക്കിട്ട് അതിനെ അധ്യയനം ചെയ്ത് മനനം ചെയ്ത് ഓരോന്നായി എടുത്തു നോക്കി എനിക്ക് രക്ഷപ്പെട്ടു പോവാനുള്ള വഴി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആരാഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലറേഷൻ ശാസ്ത്രത്തിനുള്ളിലേക്ക് നടത്തണം അതിനു പേരാണ് സ്വാധ്യായം സ്വാധ്യായം പുസ്തകം പഠിക്കുന്നതോടൊപ്പം തന്നെയും ഒന്ന് അധ്യയനം ചെയ്യണം തന്നെയും പഠിക്കണം ശാസ്ത്രത്തിനെയും തന്നെയും പഠിക്കണം ശാസ്ത്രത്തിനും തനിക്കുള്ള സംബന്ധത്തിനെയും പഠിക്കണം താൻ എങ്ങനെ ഈ ശാസ്ത്രാർത്ഥത്തിനെ സംഗ്രഹിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ മനനം ചെയ്യണം സ്വാധ്യായ തപ മനസ് ഇന്ദ്രിയാണാംച്ച ഐകാഗ്രിയം പരമം തപ മനസ്സും ഇന്ദ്രിയങ്ങളെയും ഉയർന്ന ആദർശത്തില് ഏകാഗ്രമായി നിർത്തുന്നത് തപസ് ആത്മവിചാരം ചെയ്യുന്നത് തപസ് ആചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായത്തിൽ ജ്ഞാന വിചാരം തന്നെ രമണ ഭഗവാൻ പറഞ്ഞു അഹമപേതകം നിജവിഭാനകം മഹതിതം തപ രമണവാഗിയം അഹമെന്നുള്ള അഭിമാന വൃത്തി ഉദിക്കുമ്പോഴൊക്കെ തന്നെ വിചാരം കൊണ്ട് അതിനെ മൂലത്തില് ഹൃദയത്തില് ശമിപ്പിക്കുന്നത് തപസ് ഉത്തമ അതാണ് പിന്നെ അപമാനം ദുഃഖം വിഷമങ്ങള് ജീവിതത്തിൽ വരുന്നതിനൊക്കെ സഹിക്കുന്ന തിദിക്ഷ ഉണ്ടല്ലോ അതും തപസ് ആരോടും കംപ്ലൈന്റ് പറയാതെ എന്തൊക്കെ വിഷമം വന്നാലും സഹിച്ചുള്ളത് ഒരു തപസ് ഇതൊക്കെ തപഹ ദാനം ായ തപഹ ആർജവം ആർജം എന്ന് വെച്ചാൽ ഋജുബുദ്ധി ഉള്ളിൽ ഒന്നും വെളിയിലൊന്നുമില്ല നേരിട്ടേ ഉള്ളൂ ആർജവമുള്ളവനെ ഗീത പ്രയോജനപ്പെടുകയുള്ളൂ അർജുനൻ ആർജമുള്ള ആർജവമുള്ളത് കൊണ്ടാണ് അർജുനൻ എന്നു പേര് വെളുത്ത നിറം അർജുന വർണ്ണമാണ് ഹൃദയത്തിലാണ് അർജുനന് വെളുത്ത നിറം പുറമേക്ക് കൃപ്പാണ് ഋജുബുദ്ധിയാണ് ആ രുചുബുദ്ധിയാണ് ഇവിടെ ആർജവം എന്ന് പറഞ്ഞത് സ്വാധ്യായ തപഹ ആർജവം ഈ ലക്ഷണങ്ങളൊക്കെ നാളെ മുതൽക്ക് വീണ്ടും തുടർന്ന് ഈ ദൈവീസമ്പത്തുകളെ കാണാം ഈ ദൈവീസമ്പത്ത് ഓരോന്നും എടുത്ത് നമ്മൾ മനനം ചെയ്ത് സ്വാംശീകരിക്കും നമ്മൾ നാമം ജപിക്കണം നാമം ജപിക്കുമ്പോഴും ഈ ഗീതയിൽ പറഞ്ഞ ഈ ദൈവീസമ്പത്ത് ഓരോന്നും എടുത്ത് ഉള്ളിൽ അനുസന്ധാനം ചെയ്യാം വായു കൊണ്ട് നാമം ജപിക്കുമ്പോൾ ഉള്ളില് ഈ ഓരോ ദൈവീസമ്പത്ത് എടുത്ത് അനുസന്ധാനം ചെയ്യാം നമുക്ക് ഇതൊക്കെ എത്ര കണ്ട് സിദ്ധായി എന്നൊന്ന് പരീക്ഷിച്ചു നോക്കുന്നു വേണ്ടാം പക്ഷെ അറിഞ്ഞാൽ മതി അറിയുമ്പോൾ ഭഗവാൻ പതുക്കെ പതുക്കെ ഉള്ളില് അത് പ്രകാശിപ്പിച്ചോളും തുടർന്ന് നാളെ വൈകിട്ട് കാണാം നാളെ ഏഴ് മണിക്കാണ് പ്രഭാഷണം നാളെ ജന്മാഷ്ടമി ആയതുകൊണ്ട് ഇവിടെ പൂജയും വാദ്യമേളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ദീപാരാധനയ്ക്ക് ശേഷം ഏഴുമണിക്ക് വൈകിട്ട് തുടങ്ങും രാവിലെ ഏഴുമണിക്ക് പതിവ് പോലെ രാവിലെ ഉള്ളത് നാൽപ്പത് പ്രഭാഷണ ഉണ്ടാവും വൈകിട്ടും ഏഴുമണിക്കാണ് നാള് സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോപ്രാങ്കണരിണലോലയാസം പരമായാസം മായാക്കൽമനാരം ഭുവനം ശ്മാനമോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ ഗോവിന്ദം പരമാനന്ദം ഭജോവിം പരമാനന്ദോപാളം ഭുവി ലീലവിഗ്രഹോം കുലഗോപാളം ഗോപീന ഗോവർധനധൃത ലീലാളിതോ ഗോഭോവിസ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഭജോവിം പരമാനന്ദം ഗോപീമണ്ഡലഗോഷേതം ഭേദമഭേദം ശഗോരനിർദ്ധൂതധൂളീധൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതമിന് ചിന്തി ചിന്മണിമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഹരേ രാമ ഹരേ രാമ േ ഹരേ ഹണ ഹരേ കണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ യമാത്മാവേ ത്വമ തോന്നം മമ കിഞ്ചിതസ് യഥാർത്ഥം രമണം ഭ